സത്യേ സ്വൃശ ആത്മന ആത്മനോന്യം വരമീശ വിബുധേ പിന്നാചക്ഷേ വിമോഹിതയമാർമാദയസ്വനുഭൃതോ ബഹിരർഭാവാ തസ്ഭവന്ത അനവദ്യം അനന്തപാരം ഈശ്വരമകുണ്ഠ വികുണ്ഠതിഷ്ടം ർവിനധീ അഹമുഹവൃതി തോ നായ പ്രപദ്ധ്യേ ആത്മന ഗുരു ആത്മൈവ പുരുഷ വിശേഷ അനുമാനം ശ്രേയോസാവുവിന്ദ അവധൂത സംവാദത്തിന് മുഖ്യമായിട്ടും അന്തർഹിതമായിട്ടുള്ള തത്വം ഗുരുതത്വമാണ് ഭഗവാൻ ഈ സംവാദം ആരംഭിക്കുമ്പോൾ തന്നെ പറഞ്ഞു തനിക്ക് തന്നെ ഗുരു ഒരു ജീവന് ഹൃദയം തുറന്നിട്ടുണ്ടെങ്കിൽ എവിടുന്ന് ഏതിൽ നിന്നും വേണമെങ്കിലും തത്വം ഗ്രഹിക്കണം ഹൃദയം അടഞ്ഞു കിടക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ ആചാര്യന്റെ അടുത്ത് ചെന്നാൽ പോലും തത്വം ഗ്രഹിക്കാൻ സാധ്യമല്ല അപ്പോ ആത്മനഹ ഗുരുഹു ആത്മീവ എന്ന് പറഞ്ഞതിന്റെ ഒരു അർത്ഥം അതാണ് റിസെപ്റ്റിവിറ്റി റിസെപ്റ്റിവിറ്റി ഉണ്ടാവണം ിക്കാനുള്ള ഗ്രഹിക്കാന്ന് വെച്ചാൽ ആദ്യം തന്നെ ഭാഗവതം ആരംഭിക്കുമ്പോ തേനെ എന്ന് പറഞ്ഞു അതായത് ഇപ്പോ ശരീരത്തിന്റെ ബലത്തിനെ ശരീരബലം കൊണ്ട് ഗ്രഹിക്കാൻ കഴിയും നല്ല ശരീരബലമുള്ള ഒരാൾ ഒരു ഇടി തന്നാൽ നമ്മളുടെ ശരീരത്തിന് അറിയാം അയാൾക്ക് എത്ര ബലമുണ്ട് എന്ന് അതേപോലെ ബുദ്ധിയുടെ അറിവിനെ അത്രയും ബുദ്ധിയുള്ള ആളുകൾക്ക് അറിയാൻ കഴിയും ഇയാൾക്ക് എത്ര കണ്ട് അറിവുണ്ട് അല്ല സംസ്കൃത പാണ്ഡിത്യമുള്ള ആളുകൾക്ക് എത്ര കണ്ട് സംസ്കൃത പാണ്ഡിത്യ ഒരാൾക്കുണ്ട് എന്ന് അളക്കാൻ കഴിയും കവികൾക്ക് കവിയെ അറിയാൻ കഴിയും അപ്പൊ അവർക്ക് തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും കവിത ചൊല്ലണമെങ്കിൽ കവിത അറിയുന്ന ആളുകളുടെ മുമ്പിൽ കവിത ചൊല്ലണം അല്ലാത്ത ആളുകളുടെ മുമ്പിൽ കവിത ചൊല്ലിയിട്ട് വല്ല പ്രയോജനമുണ്ട് കാളിദാസനോടടുത്ത് പറഞ്ഞു ബ്രഹ്മാവയെ എനിക്ക് എന്ത് ശിക്ഷ വേണമെങ്കിൽ തരൂ പക്ഷെ ഈ ആളുകളുടെ മുമ്പിൽ കവിത ചൊല്ലിപ്പിക്കരുത് എന്നാണ് അരസികേഷു കവിത്വനിവേചനം ശിരസി മാലിക എന്ത് തലയിലെഴുത്ത് തന്നാലും വേണ്ടില്ല ഈ രസിക്കാനറിയാത്ത ആളുകളുടെ മുമ്പിൽ കവിത ചൊല്ലുക എന്നുള്ളത് എന്റെ തലയിൽ എഴുതിക്കളയരുതേ എന്നാണ് അപ്പോ ഇതൊക്കെ തന്നെ വെർ ഇസ് കമ്മ്യൂണിക്കേഷൻ അധ്യാത്മതത്വങ്ങളെ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ശരീരം കൊണ്ടല്ല മനസ്സ് കൊണ്ടല്ല ബുദ്ധി കൊണ്ടല്ല തേനെ ബ്രഹ്മഹൃദൃദയം കൊണ്ട് അതുകൊണ്ടാണ് അതിൽ വേറെ ഒരു പോസിറ്റീവ് ബെനിഫിറ്റ് എന്താന്ന് വെച്ചാൽ നിങ്ങൾ ഭഗവാൻ വേണം എന്ന് തീരുമാനിച്ചാൽ മാത്രം മതി ഏറ്റവും എളുപ്പമാണ് എനിക്ക് ഈശ്വര സാക്ഷാത്കാരം വേണം എന്ന് ഉത്കൃമായി തീരുമാനിച്ച് സത്സംഗത്തിൽ ഇരുന്ന് തന്നാൽ മാത്രം മതി അതിനൊന്നും വേണ്ട ബാക്കിയുള്ളതിലൊക്കെ ആവുമ്പോ അതിന്റേതായിട്ടുള്ള ഇന്ദ്രിയങ്ങൾ പ്രവർത്തിപ്പിക്കണം ഇതിൽ ബാക്കി ഇന്ദ്രിയങ്ങളൊന്നും പ്രവർത്തിപ്പിക്കാതിരുന്നാൽ മതി വോളണ്ടറി ആയിട്ട് പ്രവർത്തിപ്പിക്കാതിരുന്നാൽ മതി ഹൃദയത്തിൽ നിന്നും ഹൃദയത്തിലേക്ക് പോകേണ്ടതാണ് ബ്രഹ്മവിദ്യ അങ്ങനെ അല്ലായിരുന്നു എങ്കിൽ പ്രഹ്ലാദന് ജ്ഞാനം വരില്ലായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഗർഭത്തിൽ കിടക്കുന്ന കുട്ടിക്ക് ബുദ്ധി പക്വമായിട്ടില്ല മനസ്സ് പക്വമായിട്ടില്ല അഹങ്കാരം വളർന്നിട്ടില്ല ആ കുട്ടിക്ക് നാരദ മഹർഷി ബ്രഹ്മവിദ്യ കൊടുത്തു ഇൻഫാക്ട് എല്ലായിടത്തും ഫെയിലുവറായിട്ടാണ് ആ കുട്ടിക്ക് കൊടുത്തത് നാരദൻ ബുദ്ധിയും മനസ്സുമൊക്കെ വളർന്നവരും തപശക്തി ഉള്ളവരും ഒക്കെ നാരദൻ പറയുന്നത് ഗ്രഹിച്ചില്ല ഹരിയശ്വന്മാരും മറ്റുമൊക്കെ തപസ് ചെയ്യാൻ പുറപ്പെട്ടവർ ഗ്രഹിച്ചില്ല ധ്രുവൻ ഗ്രഹിച്ചില്ല ഇവരിലൊക്കെ പരാജയപ്പെട്ടു എന്ന് കണ്ടപ്പോഴാണ് നാരദ മഹർഷി തീരുമാനിച്ചത് ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പ് പിടിക്കണം എന്ന് തീരുമാനിച്ചിട്ടാണ് കയാതുവിന്റെ ഗർഭത്തിലിരിക്കുന്ന കുട്ടിക്ക് ആത്മതത്വം ഉപദേശിച്ചത് ഗർഭത്തിലിരിക്കുന്ന ഒരു ശിശുവിനെ ഇത് ഗ്രഹിക്കാമെങ്കിൽ ഈ ആത്മവിദ്യയെക്കാളും ലളിതമായിട്ട് വേറെയുള്ളത് എന്തെങ്കിലുമുണ്ടോ നമ്മള് ഇത് ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞ് തന്നെ ബുദ്ധിമുട്ടാക്കി നമ്മുടെ മഹർഷി ആത്മപ തത്വം പറഞ്ഞ് എല്ലാരോടും അത് തന്നെ പറയും ഒരിക്കൽ കാവ്യകണ്ട ഗണപതി മുനി പറഞ്ഞു ഭഗവാനെ ഇങ്ങനെ ഒരു വിധത്തിലും പഠിപ്പും അറിവും ഇല്ലാത്തവരോടൊക്കെ ഇത് പറയണമല്ലോ അവർക്കൊക്കെ ഇത് മനസ്സിലാവുമോ മഹർഷി പറഞ്ഞു എനിക്കിത് താൻ തിരിഞ്ഞുപോയി എനിക്കിതേ അറിയുള്ളൂ അവരവർക്ക് അറിയണത് അവരവർ പറയട്ടെ എനിക്കറിയണത് ഞാൻ പറയണം ഒരിക്കൽ ക്വരങ്ങന്മാർക്ക് ഉപദേശിച്ചു ആത്മവിദ്യ ഒരു തിരുവണ്ണാമലയിൽ പച്ചയമ്മൻ കോവിൽ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അരുണാചലേഷ നിങ്ങൾ ഗിരിപ്രദക്ഷിണം ചെയ്ത് വരുമ്പോ അരുണാചലേശ്വര ക്ഷേത്രം വരുന്നതിന് മുമ്പ് ഉള്ളിലേക്ക് പോകണം മലയോട് ചേർന്ന അത്യാശ്ചര്യകരമായ ഒരു പ്രദേശം ശക്തി സാന്നിധ്യമുള്ള ഒരു പ്രദേശം പഴയ വേദകാലത്തിലുള്ള ഗൗതമ മഹർഷിയുടെ ആശ്രമം ഉണ്ടായിരുന്ന സ്ഥലമാണത് ഗൗതമാശ്രമ പ്രദേശമാണ് പച്ചയമ്മൻ കോവിലിന് മഹർഷി ഇരിക്കുന്ന സമയത്ത് അവിടെ ഒരു മാന്തോപ്പ് വെച്ചാൽ മാങ്ങ മരം ധാരാളമുണ്ട് ഒരു മുസ്ലിം അത് വാടകയ്ക്കെടുത്തിട്ടുണ്ട് അത് അമ്പലത്തിന്റെ സ്ഥലമായിരുന്നു എന്ന് തോന്നുന്നു ഇയാള് വാടകയ്ക്കെടുത്ത് ഒരു പയ്യനെ കയ്യിൽ കവണയും കല്ലുമായിട്ട് നിർത്തിയിരുന്നു കൊരങ്ങന്മാര് വന്നാൽ കല്ലടിച്ചിട്ട് കൊരങ്ങന്മാരെ ഓടിക്കാനായിട്ട് ഒരു കല്ല് ഒരു കുരങ്ങന്റെ തലയിൽ കൊണ്ട് കുരങ്ങും കുപ്പറ കുത്തിച്ചോടൽ വീണു മരിച്ചുപോയി കുരങ്ങൻ മർമ്മത്തിലെവിടെയോ തട്ടി അപ്പൊ ബാക്കിയുള്ള കുരങ്ങന്മാരൊക്കെ ഈ വാനരന്റെ ചുറ്റും വന്നിരുന്ന് കരയാണ് അപ്പൊ മഹർഷി ആ വരുന്നു ഇവർക്കൊക്കെ സർവഭൂത ഹൃദയം മഹർഷിയെ കണ്ടാൽ തങ്ങളിലൊരാളാണോ വാനരന്മാർക്ക് മഹർഷി വാനരനാണ് മയിലുകൾക്ക് മഹർഷി മയിലാണ് പശുക്കൾക്ക് മഹർഷി പശുവാണ് ഈ വാനരന്മാരുടെ കൂടെ കുരങ്ങന്മാരുടെ കൂടെ വന്നിരുന്നു അവരൊക്കെ കരയണത് കണ്ടിട്ട് പറഞ്ഞു നിങ്ങളൊന്നും കരയണ്ട ജനിച്ചവർക്കൊക്കെ മരണമുണ്ട് ശരീരം മാത്രമേ മരിക്കണൂ ഉള്ളിലുള്ള വസ്തു മരിക്കണില്ല എല്ലാ ശോകത്തിനും കാരണം ഞാൻ ദേഹമാണെന്നുള്ള കുരങ്ങന്മാർക്കാ പറഞ്ഞു കൊടുക്കണമോ ആ കുരങ്ങുകൾ എന്തോ ഗ്രഹിച്ചു കുരങ്ങുകൾ പോയി കുറച്ചു കഴിഞ്ഞപ്പോ ഈ കല്ലെറിഞ്ഞ ആളും മരിക്കേണ്ടി വരും അത് വേറെ ഒരു കഥയായിട്ട് മാറി പിന്നെ ഈ കലറിഞ്ഞ ആള് സുഹൃലാതെ കടന്നു അവർ മഹർഷി ഏതോ എന്ന് വിചാരിച്ച് കരഞ്ഞ് ഭസ്മൊക്കെ വാങ്ങിച്ചു കൊണ്ടുപോയി അത് വേറെ കഥ അപ്പൊ ഒരു ഭക്തൻ ചോദിച്ചു ഭഗവാനെ ഞങ്ങൾക്ക് ആത്മോപദേശം ചെയ്യുമ്പോ ഞങ്ങൾക്കേ മനസ്സിലാവണില്ല പിന്നെ ഈ കുരങ്ങന്മാർക്ക് മനസ്സിലാവുമോ അപ്പൊ മഹർഷി പറഞ്ഞു നിങ്ങൾക്ക് ഞാൻ ഉപദേശിക്കുന്നു നിങ്ങൾക്കും പലർക്കും മനസ്സിലാവണില്ല അതേപോലെ ഈ കുരങ്ങന്മാർക്കും ഉപദേശിക്കുന്നു കുരങ്ങന്മാർക്കും മനസ്സിലാവില്ല നിങ്ങളിൽ ചിലരൊക്കെ അത് ഗ്രഹിച്ചെടുക്കണം അത് അവരുടെ സാമർത്ഥ്യം കൊണ്ടല്ല ഏതോ കൃപാശക്തി ഉള്ളിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് അതേപോലെ ചിലപ്പോൾ ഈ കുരങ്ങന്മാരും ഗ്രഹിച്ചെടുക്കും എല്ലാവരുടെ ഉള്ളിലും ആ അന്തര്യാമി പ്രവർത്തിക്കണം നമ്മളുടെ ഏറ്റവും വലിയ തെറ്റിദ്ധാരണ മനസ്സിനെയും ബുദ്ധിയും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആത്മതത്വം ഗ്രഹിക്കാൻ കഴിയുമാണ് അങ്ങനെയൊക്കെ കഴിയുമെങ്കിൽ നമ്മള് എന്തെങ്കിലും നല്ല ടെക്നിക്ക് ഉപയോഗിച്ച് ബുദ്ധിയും മനസ്സിനെയും ഡെവലപ്പ് ചെയ്തിട്ട് ബുദ്ധിയും മനസ്സുമൊക്കെ ബാറ്ററാണ് ജടമാണേ അതിനെ എന്തെങ്കിലുമൊക്കെ വിധത്തിൽ ഡെവലപ്പ് ചെയ്ത് ആത്മതത്വം ഗ്രഹിക്കാം സാധ്യമേ അത് ആര് ഗ്രഹിക്കുമെന്നും പറയാൻ പറ്റില്ല സാധനാചതുഷ്ടയ സമ്പത്തി ഉള്ള ആളുകൾ ഗ്രഹിക്കുമെന്ന് ഋഷികൾ ഏകദേശം പറഞ്ഞു വെച്ചുവെങ്കിലും സാധനാചതുഷ്ടയ സമ്പത്തി ആർക്കുണ്ട് എന്നും കണ്ടുപിടിക്കാൻ സാധ്യമല്ല ആര് ഗ്രഹിക്കണോ അവരിൽ സാധനാ ചതുഷ്ടയ സമ്പത്തി ഉണ്ടെന്നേ പറയാനൊക്കുള്ളൂ എന്നല്ലാതെ സാധനാ ചതുഷ്ഠയ സമ്പത്തി ആർക്കുണ്ട് എന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല വളരെ ഗഹനമാണ് വിഷയം വളരെയധികം ആചാരവും ശുദ്ധിയും ഒക്കെ ആളുകൾ ഈ സത്വം ഒരു വിധത്തിലും മരിച്ചു പോകുന്നവരുണ്ട് പരമലൗകികന്മാരും ദുരാചാരികളുമായിട്ട് ഇരിക്കുന്ന ആളുകൾ ചിലപ്പോൾ ഈ സത്യം ഗ്രഹിച്ച് സ്വതന്ത്രരാകുന്നവരുമുണ്ട് അതാണോ വിഹകാറാവിഠാകാശെ ജലേവാരിചരസ ആകാശത്തിൽ പക്ഷികൾ പറക്കുന്നതിന് റൂട്ടില്ല വെള്ളത്തിൽ മീനുകൾ പോകുന്നതിന് റൂട്ടില്ല അതുപോലെയാണ് ഞാനികളുടെ മാർഗം ആര് ഗ്രഹിക്കുന്നു പറയാൻ വയ്യ പിന്നെയൊന്ന് പറയാം ആര് ഗ്രഹിക്കും എന്ന് വെച്ചാൽ ആരാദ്യമേ തീരുമാനിക്കണോ ഭഗവത്കൃപ ഉണ്ടെങ്കിൽ ഇത് ലളിതമാണ് എന്ന് ഒരുത്തൻ തീരുമാനിക്കുകയാണെങ്കിൽ അവൻ ഗ്രഹിക്കും മഹർഷി ഇത് ലളിതമാണെന്ന് പറഞ്ഞപ്പോ പാൾ പുരണ്ടൻ പറഞ്ഞു ഭഗവാൻ സ്വാമി ഇറ്റ് ഇസ് ടു ഡിഫിക്കൾട്ട് അപ്പൊ മഹർഷി പറഞ്ഞു ദിസ് ഈസ് ദ ഷുവർ വേ ടു ഹാൻഡിക്കാപ്പ് യുവർ സെൽഫ് ഇത് വിഷമമാണ് ബുദ്ധിമുട്ടാണ് സാധിക്കില്ല എന്നൊക്കെ തീരുമാനിച്ചാൽ ആ തീരുമാനം മാറ്റാനായിട്ട് തന്നെ ഇനി ജന്മം വേണ്ടിവരും നോക്കണം നമ്മളെ സത്യസ്വരൂപികളാണ് നമ്മൾ എന്ത് പറയണോ അത് നടക്കും അത് സുലഭമാണെന്ന് പറയൂ സുലഭമാവും വിഷമമാണോ എന്ന് പറയൂ വിഷമമാവും അപ്പൊ എന്തുകൊണ്ട് സുലഭമാണെന്ന് പറഞ്ഞുകൂടാ സത്യം നമുക്ക് വേണം എന്തുകൊണ്ട് സത്യം ഏത് വഴിക്ക് വന്നാലും റിസെപ്റ്റീവ് ആയി ഗ്രഹിച്ചുകൂടാ എന്തിനു നമുക്ക് മുൻവിധി വയ്ക്കണം പ്രവക്ഷ്യാമി അനസൂയവേ ഭഗവാൻ ഗീതയിൽ അർജുനനോട് പറഞ്ഞു അസൂയയില്ലാത്തവന് പറഞ്ഞു തരാം അസൂയാ എന്ന് വെച്ചാൽ എന്താ അർത്ഥം ഞാൻ ഇദ്ദേഹം പറഞ്ഞാൽ കേൾക്കില്ല ഞാൻ ഇന്ന ആള് പറഞ്ഞാലേ കേൾക്കുള്ളൂ ഇന്ന രീതിയിൽ വന്നാലേ ഗ്രഹിക്കുള്ളൂ എന്ന് സത്യം വാതിലെ കൽപ്പിച്ചുകൂട്ടി അടസ് അസൂയ അതില്ലെങ്കിൽ സത്യം നമ്മളെ സമീപിക്കാൻ സദാ തയ്യാറായിട്ടിരിക്കുന്നു നമ്മൾ ഒരു സ്റ്റെപ്പ് വെച്ചാൽ ഭഗവാൻ തൊണ്ണൂറ്റി ഒമ്പത് സ്റ്റെപ്പ് ഇങ്ങോട്ട് വയ്ക്കാൻ തയ്യാറാണ് പക്ഷെ ആ ഒരു സ്റ്റെപ്പ് നമ്മൾ വെക്കണം ആ ഒരു സ്റ്റെപ്പ് എന്താ എനിക്ക് ഭഗവാനെ വേണം ഭഗവാനെ മാത്രം വേണം വേറൊന്നും വേണ്ട അജാഗക്ഷ ഇവ മാതരം ഖഗാഹ സന്യം യഥാപക്ഷുതാർത്താ പ്രിയം പ്രിയേവ്യുഷിതം വിഷന്ന മനോ അരവിന്ദാക്ഷതി ദൃക്ഷതേ ത്വം ചിറകുമുളയ്ക്കാത്ത പക്ഷിക്കുഞ്ഞുങ്ങൾ കാത്തുകൊണ്ടിരിക്കുന്ന പോലെ പാലുകുടിക്കാനായ പശുക്കിടാവ് തള്ളപ്പശുവിന് അകിട് കെട്ടിയിട്ടിരിക്കുന്ന കയർ എത്ര നീളമുണ്ടോ അത്രയും നീളം ആഞ്ഞിട്ട് അകിട് നോക്കി പോലെ ദൂരത്തെവിടെയോ പോയിരിക്കുന്ന ഭർത്താവ് എപ്പൊ വീട്ടിലേക്ക് വരും എന്ന് കാത്തിരുന്ന് കാത്തിരുന്നു ഒരു ആചാര്യൻ പറഞ്ഞു ആ ഭാര്യ ഈ വലിച്ചു തുറക്കുന്ന പിടി ഉള്ള വാതില് ആ വാതില് താഴെ ഇങ്ങനെ നീക്കി നീക്കി വാതിൽ തുറന്ന് തുറന്ന് രാത്രി മുഴുവൻ ഭർത്താവ് വരും എന്തെങ്കിലും ശബ്ദം കേട്ടിയാൽ കേട്ടാൽ ഭർത്താവ് വരുന്നുണ്ടോ എന്ന് വിചാരിച്ച് താഴെ നീക്കി വാതിൽ തുറക്കും അങ്ങനെ തുറന്ന് നേരം വിളിച്ചാകുമ്പോഴേക്കും ആ താഴ് കയ്യോടെ വന്നു എന്നാണ് അത്രയധികം ഉത്കടത്തോടുകൂടെ ഭഗവാനെ കാത്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതി ആ ഒരു വിരഹതാപം ആ വിരഹതാപമാണ് റിസെപ്റ്റിവിറ്റി അതുണ്ടെങ്കിൽ നമുക്ക് അഹംബദ്ധോ വിമുക്തശ്യം യോഗവാസിഷ്ടത്തിൽ പറഞ്ഞോളൂ ഞാൻ ബന്ധത്തിലിരിക്കുന്നു എങ്ങനെയെങ്കിലും സ്വാതന്ത്ര്യം നേടണം എന്ന് നിശ്ചയമുള്ള ജീവൻ സത്യം ഏത് വന്നാലും സ്വീകരിക്കും എങ്ങനെ വന്നാലും സ്വീകരിക്കും ഏത് രീതിയിൽ സത്യം വന്നാലും സ്വീകരിക്കും അങ്ങനെയുള്ള ആള് ജഗത്തിന് മുഴുവൻ ഗുരുവാണ് ജഗദ്ഗുരു രണ്ടു വിധത്തിലാവാം ജഗത്തിന് മുഴുവൻ ഗുരുവായിട്ടുള്ള ഒരാള് ജഗത്തിനെ മുഴുവൻ ഗുരുവാക്കിയിട്ടുള്ള ഒരാള് ഇപ്പൊ ഇവിടെ ഈ കാണുന്ന അവതൂതൻ ജഗത്തിനെ മുഴുവൻ ഗുരുവാക്കിയിട്ടുള്ള ആളാണ് അദ്ദേഹത്തിന് ജഗത്ത് മുഴുവൻ ഗുരു അയാളും ജഗദ്ഗുരുവാണ് ജഗത്ത് ആർക്ക് ഗുരുവോ അവർ ജഗദ്ഗുരു അങ്ങനെ നോക്കുമ്പോൾ നമ്മളൊക്കെ ജഗദ്ഗുരു ജഗത് മുഴുവൻ നമുക്ക് ഗുരു എല്ലാത്തിൽ നിന്നും എന്തെങ്കിലും ഒരു പാഠം പഠിക്കണം ഓരോരുത്തരിൽ നിന്നും ഓരോ പാഠം രാവണനിൽ നിന്നും പഠിക്കണം രാമനിൽ നിന്നും പഠിക്കണം എല്ലാത്തിൽ നിന്നും ഓരോ പാഠം പഠിക്കണം പക്ഷെ പഠിക്കാനുള്ള മെച്യൂരിറ്റി പക്വത നമ്മളുടെ ഹൃദയത്തിൽ ഉണ്ടാവണം ഹൃദയത്തിൽ ആ പക്വത ഉണ്ടെങ്കിൽ എല്ലാം നേര ചുമെ ഗ്രഹിക്കും ഒരു സ്കൂൾ ടീച്ചർ അദ്ദേഹം തന്നെ ഈ പറഞ്ഞ കഥയാസ്കർ അദ്ദേഹം പ്രഭാഷണമൊക്കെ ചെയ്തു അദ്ദേഹം പറഞ്ഞു കൊടുത്തു കുട്ടികളെയൊക്കെ ഒരു ദിവസം പറഞ്ഞു കൊടുത്തു കുട്ടികളെ നിങ്ങൾ ആരെയും ഉപദ്രവിക്കരുത് നിങ്ങൾ ഒരു നായിനെ കല്ലെറിഞ്ഞാൽ കുട്ടികൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ അദ്ദേഹം പറഞ്ഞു കൊടുത്തു അടുത്ത ജന്മം നിങ്ങൾ ജനിച്ചിട്ട് നായ് നിങ്ങളെ കല്ലറിയും നായ് ഒരു മനുഷ്യക്കുട്ടിയായി ജനിച്ച് നിങ്ങളെ കല്ലറിയും അത് പറഞ്ഞു കൊടുത്തു ഇതുപോലെ ഉദാഹരണം പറഞ്ഞു കൊടുത്ത് അതുകൊണ്ട് ആരെയും ഉപദ്രവിക്കരുത് എന്ന് കുട്ടികൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ അത് കഴിഞ്ഞ് അന്നത്തെ ഉച്ച എ കെ അദ്ദേഹം സ്കൂൾ മാഷാണ് സ്കൂൾ ഗ്രൗണ്ടിൽ നടക്കുമ്പോ ഒരു പയ്യൻ ഒരു തവളയെ പിടിച്ചിരുത്തി കല്ലുകൊണ്ട് കുത്തുക ഇയാള് പറഞ്ഞു തന്നോടല്ലേ ഞാൻ രാവിലെ പറഞ്ഞത് താൻ ഇങ്ങനെ തവളയെ പിടിച്ച് കുത്തി വേദനിപ്പിച്ചാൽ എന്ത് സംഭവിക്കുന്ന അറിയാവോ സാർ അതാണ് സാർ നടക്കുന്നത് കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ തവളയായിരുന്നു നടക്കുന്നത് ഇവരെ പഠിപ്പിക്കാൻ പറ്റുമോ വക്രബുദ്ധി എന്ന് പറഞ്ഞത് ഇതാ എന്ത് പറഞ്ഞാലും വിപരീതമായിട്ടേ മനസ്സിലാക്കുകയുള്ളൂ ഒന്നും നേരെ ചൊവ്വേ മനസ്സിലാക്കുന്ന ബുദ്ധിയേ അല്ല നേരെ പറഞ്ഞു കൊടുത്താൽ തലകീഴായിട്ട് മനസ്സിലാക്കും ഇവരെ എങ്ങനെ പഠിപ്പിക്കും അയാൾക്ക് ഉള്ളിൽ ഗുരുതത്വം ഉണർന്നിട്ടില്ല എന്നർത്ഥം ഗുരുതത്വം ഉണർന്നാൽ ഗുരു എന്ത് ഉദ്ദേശിക്കുന്നോ അത് ഗ്രഹിക്കാൻ കഴിയും ഗുരുതത്വം ഉണർന്നിട്ടില്ലെങ്കിൽ വിപരീത ഗ്രഹണം ഉണ്ടാവും വിപരീത ഗ്രഹണം പലപ്പോഴും അത്യധികം അപകടമായിട്ട് തീരും അതായത് അവരവരുടെ തലയിലെഴുത്ത് വിപരീത ഗ്രഹണം ഇല്ലാതെ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം എന്ന് ആരെങ്കിലുമൊക്കെ അത് ശരിയാവില്ല പറയാ പറയണത് നമ്മളുടെ ജോലി നേരെ ചുമ ഗ്രഹിക്കലോ വിപരീതമായി ഗ്രഹിക്കണോ ഈ കേൾക്കുന്നവരുടെ തലയിലെഴുത്ത് അതൊന്നും ചെയ്യാൻ പറ്റ അന്യതാഗ്രഹണം ഉണ്ടാവണം അപ്പോ ഈ ജീവന് സ്വാതന്ത്ര്യം വേണം ശാന്തി വേണം എനിക്ക് പരമമായ ഹിതം വേണം എന്ന് തീരുമാനിച്ചാൽ ജഗത്തിൽ എവിടുന്ന് വേണമെങ്കിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ കഴിയും ഗ്രഹിക്കാൻ കഴിയും ജീവിതത്തിന് ഉതകുന്ന രീതിയിൽ ഗ്രഹിക്കാൻ കഴിയും പലതും പഠിച്ച് നമുക്ക് ജഗത്ത് മുഴുവൻ നമുക്ക് ഗുരുവായി പരിണമിക്കും അങ്ങനെ ജഗത്തിൽ പലതിൽ നിന്നും പാഠം പഠിച്ച് ജീവൻ മുക്തനായി തീർന്ന ഒരു അവധൂതനുമായിട്ടാണ് യതു മഹാരാജാവ് സംവാദം ചെയ്യുന്നത് അദ്ദേഹം ജീവൻ മുക്തനാണ് ശരീരത്തിൽ ഇരിക്കുമ്പോ യോഗസ്ഥിതിയിൽ മുക്തിസ്ഥിതിയിൽ ഇരിക്കുന്ന പരമപ്രശാന്തനാണ് ഇന്നലെ ആ അവധൂതൻ പറഞ്ഞു ആദ്യത്തെ അഞ്ചു ഗുരുക്കന്മാർ പൃഥ്വി വായുഹു आकाशम आपहा पंच पंचभूत तत्व ग्रहितु अ चंद्रमा रवि यावधतन पर ഞാൻ ജഗത്തിനെ മുഴുവൻ വീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു വളരെ ജാഗ്രതയോടുകൂടെ പ്രപഞ്ചത്തിൽ എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ളത് ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു അങ്ങനെ ശ്രദ്ധിച്ച് ഞാൻ ചന്ദ്രനെ ശ്രദ്ധിച്ചു തുടങ്ങി അമാവാസ്യ ദിവസം ചന്ദ്രൻ ഇല്ല പതുക്കെ പതുക്കെ ഓരോ കലകളായിട്ട് ആവിർഭവിക്കും പൗർണമി വരുമ്പോ പൂർണ്ണ പിന്നെ ഓരോ കലകളായി കുറഞ്ഞുപോയി ചന്ദ്രൻ മറഞ്ഞുപോകും അറിവില്ലാത്തവര് ചന്ദ്രനെക്കുറിച്ച് ഒന്നും അറിയാത്തവര് ചന്ദ്രൻ ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നു എന്ന് പറയും അതേപോലെ ഈ ചന്ദ്രനെ കണ്ടപ്പോ എനിക്ക് തോന്നി നമ്മളുടെ കഥയും ഇത് തന്നെയല്ലേ ശരീരത്തിനെ മാത്രം കാണുന്ന മനുഷ്യരെ ഒരു കുട്ടി ജനിച്ചപ്പോ ആഹാ ഓഹവും നിലവിളിക്കും ആ കുട്ടി വലുതായി പതുക്കെ പതുക്കെ കുട്ടി പല്ലു വന്നു ചിരിക്കാൻ തുടങ്ങി കുട്ടി വലുതാവണു കുറച്ചു കഴിഞ്ഞാൽ മീശയും നാടിയൊക്കെ മുളച്ചു യൗവനത്തിലേക്ക് വന്നു പിന്നെ പതുക്കെ പതുക്കെ വയസ്സായി തുടങ്ങി തലയൊക്കെ നരച്ചു ഓരോ പല്ലായി ഇണകിത്തുടങ്ങി വാർത്തക്യം വന്നു പിന്നെ കുറച്ചു കഴിഞ്ഞപ്പോ മരിച്ചുപോയി അഞ്ചു വിധത്തിലുള്ള വികാരം വിസർഗാദ്യാഹ ശ്മശാന അന്താഹ ഭാവാ ദേഹസ് ആത്മന നമ്മളുടെ ഒക്കെ കഥ പറയാണ് നമ്മളുടെ ആദ്യ എവിടെ വിസർഗം ആദ്യമായി ഗർഭത്തിൽ നിന്നും പുറത്തു വരുന്നു അവസാനം എവിടെ ശ്മശാന അന്തം വിസർഗ ആദ്യ ശ്മശാന അന്താ ഊമ്പ് ടു ടൂബ് ഗർഭത്തിൽ നിന്നും ശ്മശാനത്തിലേക്ക് ഉള്ള യാത്രയാണ് ജീവിതം ശ്മശാന അന്തം കഴിഞ്ഞ പിന്നെന്താ സാധാരണ സ്ഥിതിയിൽ വീണ്ടും ഗർഭം വീണ്ടും ഗർഭപ്രവേശം ആദൗ കർമ്മപ്രസംഗാത് കലഗതി കലുഷം മാതൃകുക്ഷൗ സ്ഥിതം മാം ിമൂത്ര അമേ്യമധ്യേ തി നിതരാ ജാതേധൈ തുഃഖം യഥയതി നിതരാം ശക്തേ ഖേന വക്വ്യോ മേ അപരാധി ശിവ ശിവഭോ ശ്രീ മഹാദേവംഭോ പൂർവജന്മത്തിൽ ചെയ്ത കർമ്മം തീരാത്തതുകൊണ്ട് അമേട ഗർഭത്തിലേക്ക് വന്നു ഗർഭത്തിലോ മലമൂത്ര മാംസങ്ങളുടെ നടുവിൽ അമ്മ നല്ല എരിവുള്ള കടുക് മാങ്ങ കഴിച്ചാൽ ഉള്ളില് കുട്ടിക്ക് എടിച്ചെ പല വിധത്തിലുള്ള വിഷമം ഇതൊക്കെ ആർക്ക് പറയാൻ കഴിയും ഗർഭത്തിൽ കിടന്നിട്ട് അവിടെ ശിവധ്യാനമുണ്ടോ ഭഗവത്ധ്യാനമുണ്ടോ യാതൊന്നുമില്ല ക്ഷന്തവ്യോമേ അപരാധ എന്റെ അപരാധം ഭഗവാനെ ക്ഷമിക്കണം ശിവശിവ ശിവഭോവോ ശ്രീ മഹാദേവ ശംഭവോ ശ്മശാനത്തിൽ നിന്നും വീണ്ടും ഗർഭത്തിലേക്കോ ഗർഭത്തിൽ നിന്നും ശ്മശാനത്തിലേക്കോ പക്ഷേ ഇതൊക്കെ തന്നെ ചന്ദ്രന്റെ കല പോലെയാണ് ചന്ദ്രൻ വാസ്തവത്തിൽ ഒരു മാറ്റവും സംഭവിക്കുന്നില്ല കല മാറുന്നത് കണ്ട് ചന്ദ്രൻ മാറുന്നു എന്ന് പറയുന്ന പോലെ ശരീരത്തിൽ വരുന്ന മാറ്റം കണ്ട് ആത്മാ ജനിക്കുകയും വളരുകയും പരിണമിക്കുക ഒക്കെ ചെയ്യുന്നതായി അജ്ഞാനികൾ ധരിക്കുന്നു വാസ്തവത്തിൽ സംഭവിക്കുന്നത് എന്താ കാല കാലേന ശോകമേഖേന ഭൂതാനാം പ്രഭവാപ്യയവും നിത്യാവപിന ദൃശ്യത്തെ ആത്മനാ അഗ്നേഹേ യഥാ അധ്യക്ഷ ഈ വിളക്ക് രണ്ടു വിധത്തിൽ പറയാം ഈ വിളക്ക് എരിയുന്നു എന്ന് പറയാം വിളക്ക് കെട്ടുകൊണ്ടേ എന്നും പറയാം വിളക്ക് കത്തുന്നു എന്നും പറയാം കെട്ടുകൊണ്ടേ എന്നും പറയാം സാധാരണ ആളുകൾ എന്ത് പറയും വിളക്ക് കത്തുന്നു എന്ന് പറയും കുറച്ചുകൂടെ ശാസ്ത്രീയമായി ചിന്തിച്ചാലോ വിളക്ക് കെട്ടുകൊണ്ടേ ഇരിക്കുന്നു എന്ന് വേണം പറയണം എന്ന് വെച്ചാലോ പതുക്കെ പതുക്കെ തിരി ചെറുതായിക്കൊണ്ടേ ഇരിക്കുകയാണ് എണ്ണ കുറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അവസാനിക്കുമ്പോ ആ വിളക്ക് കെട്ടു പക്ഷെ വിളക്കിന്റെ ഈ കെട്ടു കെട്ടുപോവുക എന്നുള്ള പ്രോസസ് കൊളുത്തിയപ്പോ തന്നെ തുടങ്ങി അതേപോലെ മരിക്കുക എന്നുള്ള പ്രോസസ് ജനിച്ചപ്പോ തന്നെ തുടങ്ങി ജനിച്ചത് മുതൽ മരണം കൂടെ മരണത്തിന്റെ മറ്റൊരു പേരാണ് ശരീരം ശരീരം തന്നെ മരണത്തിന്റെ മരണത്തിന്റെ മറ്റൊരു പേരാണ് നമ്മള് ജനിക്കുമ്പോ മരണം കൂടെ ജനിച്ചു നമ്മൾ നടക്കുമ്പോ മരണം കൂടെ നടക്കണോ നമ്മൾ ഇരുന്നാൽ മരണം കൂടെ നമ്മൾ എഴുന്നേറ്റ മരണം കൂടെ എഴുന്നേൽക്കും നമ്മൾ ഊണ് കഴിക്കുമ്പോ മരണം ഊണ് കഴിക്കണു മരണമാണോ കൂടെ സഹ ഇവ മൃത്യുഹൂ വ്രതീ സഹ ഗദ്വാ സുദീർഘവധാനം സഹ മൃത്യു നിവർത്തതേ മൃത്യു എപ്പോഴും കൂടെ ഉണ്ട് ശരീരത്തിന്റെ മറ്റൊരു പേരാണ് മൃത്യു ശരീരം തന്നെ മൃത്യുവാണ് ശരീരത്തിൽ ഇത്രയും കാലത്തിനിടയ്ക്ക് എത്രയോ പ്രാവശ്യം മൃത്യു നടന്നു പോയിരിക്കുന്നു നമ്മൾ ശ്രദ്ധിക്കണില്ല ഈ അവതൂതൻ പറഞ്ഞു ചന്ദ്രൻ ഒരു മാറ്റവും കൂടാതെ മാറ്റം ഉള്ള പോലെ തോന്നുന്ന പോലെ ഈ ശരീരത്തിനെ നോക്കുമ്പോൾ നമുക്ക് അനേക മാറ്റങ്ങൾ പക്ഷെ മാറ്റം നമ്മൾ ശ്രദ്ധിക്കുന്നില്ല ഒരു ക്ഷണം പോലും മാറ്റമില്ലായ്മ ഇല്ല കഴിക്കുന്ന ഭക്ഷണം അകത്ത് ചെന്ന് മൂന്ന് വിധത്തിൽ പിരിഞ്ഞു അതിന്റെ സ്ഥൂല മലമായിട്ട് പുറത്തുപോയി മധ്യമഭാഗം മാംസമായിട്ട് അവിടെ അവിടെ അടിഞ്ഞു ചേർന്നു സൂക്ഷ്മ വലമേകാനായി ഊർജമായിട്ട് മാറി ഈ മൂന്ന് വിധത്തിലുമായി മാറി ഈ ആഹാരം ഡൈജസ്റ്റായി ബ്ലഡിലൊക്കെ കലർന്ന് പിന്നെ കുറച്ച് വേർപ്പായിട്ട് പോയി കുറച്ച് ചളിയായിട്ട് പോയി കുറച്ച് കഴിയുമ്പോ പിന്നെയും വശക്കണം ഇതിങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കുന്നു ശരീരത്തിലെ അനുസ്യൂതം നമ്മൾ ശ്രദ്ധിക്കുന്നില്ല അത്രയേ ഉള്ളൂ നമ്മളുടെ ഉള്ളിൽ ഏ ഇന്ന് രാവിലെ മുതൽ ഇത്ര ഒന്നും ആയിട്ടില്ലല്ലോ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് നമുക്ക് തോന്നും പക്ഷെ ഒരു വർഷം കഴിഞ്ഞിട്ട് നോക്കുമ്പോ എത്ര മാറ്റം വന്നിരിക്കണം ശരീരം എത്ര മാറിയിരിക്കണം എന്ന് അപ്പോഴാണ് കണ്ടാൽ മനസ്സിലാവും ഒരു പത്ത് വർഷം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ വന്ന് നോക്കുമ്പോ അപ്പടി ആള് മാറിപ്പോയില്ലോ ഏ ഞാൻ മാറിയിട്ടൊന്നുമില്ലല്ലോ ഞാൻ പറയും പക്ഷേ കാണാതെ കാണുന്ന ആൾക്ക് വ്യത്യാസം അറിയണം നമ്മൾ ശ്രദ്ധിക്കുന്നില്ല ശരീരം അനുസ്യൂതം മാറിക്കൊണ്ടിരിക്കുന്നു എന്തുകൊണ്ട് നമുക്ക് ആ മാറ്റം അറിയുന്നില്ല എന്ന് വെച്ചാൽ നമ്മളിൽ മാറ്റം ഉണ്ടായിട്ടില്ല ഞാൻ എന്നുള്ള അനുഭവത്തിൽ യാതൊരു മാറ്റവുമില്ല ഞാൻ എന്നുള്ള അനുഭവത്തിനെ മറച്ചും ഈ ശരീരത്തിൽ മാറ്റം നടന്നുകൊണ്ടേയിരിക്കണം ശരീരത്തിലല്ല ഇരിക്കുന്നത് നമ്മൾ നമ്മളിലാണ് ഇരിക്കുന്നത് നമ്മള് ഞാൻ എന്നുള്ള അനുഭവത്തിലാണ് ഇരിക്കുന്നത് പക്ഷെ ശരീരത്തിൽ ഒരു ഭ്രമം നമ്മള് ശരീരത്തിലല്ല ഇരിക്കുന്നത് നമ്മള് ഞാൻ എന്നുള്ള അനുഭവത്തിലാണ് ഇരിക്കുന്നത് അതുകൊണ്ട് എന്താ നമുക്ക് മരിക്കും എന്നുള്ള തോന്നലും വരുന്നില്ല ആരെങ്കിലുമൊക്കെ പേടിപ്പിച്ചാൽ കുറച്ചു പേടിക്കും പിന്നെ മറന്നു അജ്ഞാനം കൊണ്ടല്ല ജ്ഞാനം കൊണ്ടാണ് മറന്നു പോകണത് എന്താന്ന് നമ്മളുടെ അനുഭവത്തിൽ മരണമില്ല നമ്മളുടെ അനുഭവത്തിൽ ജനനമില്ല ആർക്കെങ്കിലും ജനിച്ചത് ഓർമ്മയുണ്ടോ ഉണ്ടെങ്കിൽ എന്ന് പറയൂ നോക്കട്ടെ നമ്മളുടെ അനുഭവത്തിൽ ജനനമില്ല നമ്മളുടെ അനുഭവത്തിൽ മരണമില്ല നമ്മളുടെ അനുഭവത്തിൽ മാറ്റമില്ല നമ്മളുടെ മനസ്സിൽ ജനനമുണ്ട് മനസ്സിൽ മരണമുണ്ട് മനസ്സിൽ പരിണാമമുണ്ട് മനസ്സിൽ വ്യാധിയുണ്ട് മനസ്സിൽ വേദനയുണ്ട് പക്ഷെ അനുഭവത്തിലില്ല അനുഭവവും മനസ്സും രണ്ടാണ് ഇത് രണ്ടും ഇത് പിടികിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ നഴ്സറി ക്ലാസ് പോലും കയറിയിട്ടില്ല നമ്മളുടെ അനുഭവത്തിൽ അതുകൊണ്ട് ആർക്കും ഞാൻ മരിക്കും തോന്നുന്നില്ല എല്ലാവർക്കും ഞാൻ മരിക്കില്ല എന്നുള്ള ഒരു പ്രതി തൊണ്ണൂറ് വയസ്സ് തൊണ്ണൂറ്റി ആട്ടെ ഇനി ഉണ്ട് സമയം എന്നാണ് തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞിട്ടും വന്നൂടെ എന്ന് ചോദിച്ചാൽ ആ ഉനി എത്ര കാലം കടക്കണമെന്നാണ് എന്താന്ന് വെച്ചാൽ അയാളുടെ അനുഭവത്തിൽ അയാൾ മരിക്കാൻ പോണോ എന്ന് തോന്നുന്നില്ല അനുഭവം പറയണു എനിക്ക് മരണമില്ല എന്ന് പറയണു അതിനെ ശരീരവുമായി കൂട്ടിക്കൊഴിക്കുമ്പോൾ അത് അജ്ഞാനമായി അനുഭവം പറയണു ഞാൻ ശുദ്ധനാണ് നിത്യനാണ് ശുദ്ധനാണ് യാതൊരു പാപവും എന്നിലില്ല എന്നുള്ളതാണ് എല്ലാവരുടെയും എത്ര വലിയ പാപിയാണെങ്കിലും അവനും പുണ്യവാനാണ് അവന്റെ അനുഭവത്തിൽ ഞാൻ പാപിയാണ് എന്നൊക്കെ പ്രാർത്ഥിച്ചാലും വെളിയിൽ വന്ന് അവനെ വിളിച്ചു നോക്കൂ കയ്യിൽ കിട്ടിയതെടുത്തതെല്ലാം വരും തിരിച്ച് ശങ്കയ്ക്ക് വരും എന്താ ഉള്ളിലുള്ളത് പറയണു ഞാൻ പാപിയല്ല ശുദ്ധ വസ്തുവാണ് അതിൽ പരിണാമമേ ഇല്ല ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവം മാറണില്ല ശരീരം മാറണു ദക്ഷിണാമൂർത്തി സ്തോത്രത്തിൽ ശങ്കരാചാര്യ സ്വാമികൾ ഇത് സുവ്യക്തൃതമായിട്ട് പറയുന്നു ബാല്യാദിഷി ജാഗ്രതാ ദിഷുതാ വ്യവൃത്തസു അനുവർത്തമാനം അഹം അഹം ഇതി അന്തസ്ഫുരന്തം സദാ സ്വാത്മാനം പ്രകടീകരോതി ഭജത യോ ഭദ്രയാദ്രയാ തസ്മൈ ശ്രീഗുരുമൂർത്തേ നമുദം ശ്രീദക്ഷിമൂർത്താല് കൗമാരം യൗവനം വാർദ്ധകം ശരീരത്തിൽ മാറി മാറി മാറി വരു മനസ്സിന് ജാഗ്രത സ്വപ്നം സുഷുപ്തി എന്നുള്ള അവസ്ഥകൾ മാറി മാറി വരുന്നു ഇതൊക്കെ വരുമ്പോഴും ഇതിന് പുറകിലുള്ള അഹമസ്നി ഞാനുണ്ട് എന്നുള്ള അനുഭവം ഒരു മാറ്റവും കൂടാതെ ഒരേപോലെ നിൽക്കും തൊണ്ണൂറ് വയസ്സായ ആളും രണ്ടു വയസ്സിലുള്ള ഫോട്ടോ എടുത്തിട്ട് എന്റെ ഫോട്ടോ ഉണ്ടോ എന്ന് പറയണം ഇനിയുള്ള കാലത്തൊക്കെ വീഡിയോ കുട്ടിക്ക് ഒരു വയസ്സിലുള്ള ആണ്ടു നിറവിനെടുത്ത വീഡിയോ തൊണ്ണൂറ് വയസ്സിലിരുന്ന് മുത്തശ്ശൻ കാണും തന്റെ വീഡിയോ പേരക്കുട്ടികൾ ചോദിക്കാം അയ്യേ മുത്തശ്ശനെ പോലെ ഇല്ലല്ലോ അത് ഇപ്പൊ മാറി അപ്പൊ മുത്തശ്ശനല്ലേ അല്ല ശരീരം മാറി അപ്പൊ മുത്തശ്ശൻ മാറിയില്ലേ ഞാൻ അതേ ആള് തന്നെ ഒന്നും മാറിയിട്ടില്ല മാറിയിട്ടില്ല എന്നുള്ള അനുഭവമുണ്ട് ശരീരം മാറി എന്നുള്ള അറിവുണ്ട് വിജയാസം നോക്കൂ നമുക്ക് ശരീരം മാറി എന്നുള്ള അറിവും ഞാൻ മാറിയിട്ടില്ല എന്നുള്ള അനുഭവമുണ്ട് നമ്മളൊക്കെ ജ്ഞാനികളാണ് നമ്മൾ ജ്ഞാനികളാണെന്ന് അറിയണം അത്രയേ ഉള്ളൂ ജ്ഞാനത്തിനെ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കാതെ യാതൊരു ടെക്നിക്ക് പിടിച്ചിട്ട് തലകുത്തി നിന്നാലും ഞാനുണ്ടാവില്ല നിങ്ങൾ തലകുട്ടി മറിഞ്ഞാലും ഞാൻ ഒരു സൂത്രപ്പണിയും ഇല്ല ഒരു ടെക്നിക്കും ഇല്ല മുപ്പത്തി ദേവതകൾ നമ്മളുടെ മുമ്പിൽ ആവിർഭവിച്ചാലും കിട്ടില്ല കാര്യം വളരെ എളുപ്പമാണ് എളുപ്പമാണെന്ന് അറിയണം എളുപ്പമാണെന്ന് സൂചിക്കണം നമുക്ക് അനുഭവമുണ്ട് ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം ശ്രദ്ധാവാനുള്ള ഭതേജ്ഞാനം കൈ കഴുത്തിൽ കിടക്കുന്ന മാല എന്നതുകൊണ്ടാണല്ലോ ഉദാഹരണം പറയണത് വളരെ അടുപ്പം വളരെ അടുത്ത വസ്തു ഇത് ശ്രദ്ധിച്ചാൽ നമുക്ക് ഇപ്പൊ തന്നെ ഉള്ള വസ്തുസ്ഥിതിയാണെന്ന് കണ്ടാൽ പിന്നെ ശരീരം ഇവിടെ ഇപ്പൊ വീണുപോയാൽ എന്താ ഒരു കോടി വർഷങ്ങൾക്ക് ശേഷം വീണുപോയാൽ എന്താ എന്തൊക്കെ സംഭവിച്ചാൽ തന്നെ എന്താ നമുക്കിതുമായിട്ട് സംബന്ധമില്ല പ്രാരബ്ധമനുസരിച്ച് നാളെ ഈ ശരീരാദികൾക്ക് എന്തൊക്കെ വരും ഒന്നും പറയാൻ വയ്യ നമുക്ക് ആരോഗ്യമായുള്ളപ്പോ അഭിമാനിക്കാം എനിക്ക് യാതൊരു കുഴപ്പമില്ല എല്ലാവിധത്തിലും എനിക്ക് സംരക്ഷിക്കാം ശരീരത്തിനെ എവിടെയെങ്കിലും പോണ വഴിയിൽ കാലത്തെത്തിച്ചവട്ടൊന്ന് വീണിട്ട് ഒരു ഫ്രാക്ചർ ആയാൽ മതി കാര്യം ശരീരം എങ്ങനെ ചതിക്കുന്നു പറയാൻ വയ്യ പ്രകൃതി അതിന് അനേക ആയുധങ്ങളുണ്ട് നമ്മൾ വേറെ ചില സംരക്ഷണങ്ങളൊക്കെ ചെയ്താൽ അത് ഫ്രാക്ചർ വരുത്തി ചെയ്യും ആക്സിഡന്റായ എന്ത് ചെയ്യും അപ്പൊ ഒന്നും വാക്ക് തരാൻ വയ്യ അപ്പോ ആചാര്യന്മാര് എന്താ അശരീരം ഭാവതന് തം എന്ന പ്രിയാപ്രിയെ സ്പൃശത ഉപനിഷദ് പറഞ്ഞു തനിക്ക് ദുഃഖത്തിൽ നിന്ന് രക്ഷപ്പെടണോ പ്രിയം അപ്രിയം എന്നുള്ള ദ്വന്ദ്ങ്ങളിൽ നിന്ന് രക്ഷപ്പെടണോ ഒറ്റ വഴിയേ ഉള്ളൂ നീ അശരീരിയാണെങ്കിൽ നിന പ്രിയവും അപ്രിയവും സ്പർശിക്കില്ല നീ ശരീരിയാണോ നിന പ്രിയവും അപ്രിയവും സ്പർശിക്കും അശരീരം വാപ സന്തം പ്രിയാപ്രിയേ സ്പൃശത ഉപനിഷത്ത ശ്രുതി അപ്പൊ അശരീരിയായിട്ട് എങ്ങനെ ഇരിക്കാൻ പറ്റും അതൊക്കെ സാധിക്കോ അതൊക്കെ വെറുതെ വായോ കൊണ്ട് പറയാം നമ്മൾ ശരീരത്തോടെയല്ലേ ഇരിക്കണം അപ്പോഴാണ് ആചാര്യന്മാർ അപാര കരുണയോടുകൂടെ പറയണത് കുഞ്ഞിനെ ശ്രദ്ധിക്കും ശങ്കരാചാര്യസ്വാമികൾ പറഞ്ഞു ദശസഹസ്രേഭ്യോ ജനനിഭ്യോപി കരുണയാ ഗരീയസീ ശ്രുതിജനനി പത്തായിരം അമ്മമാരെ കാണും കാരുണ്യത്തിൽ അതീവ ഗരീയസീയായ ശ്രുതിമാതാവ് അപാരകരുണയോടുകൂടെ പറയുന്നു കുഞ്ഞെ ശ്രദ്ധിക്കൂ നീ ശരീരമല്ല you will wish that body a shariram vaav sandam it is not a state which you have to aspire to reach it is here and now if it is not here and now you will never reach it because there is no time there is no future what is now is every moment what is not now will never come if it comes it will go അപ്പോ സത്യം ഇവിടെ കൊണ്ട് ഇപ്പൊ തന്നെ കൊണ്ട് ഗ്രഹിക്കൂ നമ്മൾക്കൊന്നും തൊന്നും പറ്റില്ല അഹോ അതിഗംഭീരാ ദുരവകാഹ്യ വിചിത്ര എം മായ ആചാര്യസ്വാമി പറഞ്ഞു തലയിൽ കൈ പറഞ്ഞു ഈ മായ അഹോ അതിഗംഭീരാ ദുരവകാഹ്യ ആർക്കും മനസ്സിലാക്കാം ഇൻസ്ക്രൂട്ടബിൾ ഇസ് വർക്ക് എന്താന്ന് വെച്ചാൽ സകലാചാര്യന്മാരും പറഞ്ഞു നിങ്ങൾ ദേഹമല്ല ആത്മാവാണെന്ന് പറഞ്ഞു ആരും പറഞ്ഞില്ല നിങ്ങൾ ഇന്ന ആളുടെ പുത്ര അഹമപുഷ്യ പുത്ര ഇതി അനുച്യമായ അതി ആരും പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ ഇന്ന് ആളുടെ മകൻ ഇന്നയാളുടെ പേരക്കുട്ടി ഇന്ന കുടുംബത്തിലെ പെട്ട ആള് പരമ്പര പരമ്പര പരമ്പര ഒക്കെ ഗ്രഹിച്ച് ദേഹത്തിൽ തന്നെ കെട്ടിപ്പടുത്ത് എത്തിയിരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അറ്റ്ലീസ്റ്റ് ഇന്റലക്ച്വലി അക്സെപ്റ്റ് സത്യത്തിനെ സ്വീകരിച്ചാൽ സത്യം നമ്മളെ സ്വീകരിക്കും സത്യം നമ്മളെ സ്വീകരിക്കുന്നത് കൊണ്ട് നമ്മൾ സ്വതന്ത്രരാകും സത്യത്തിനെ നമ്മൾ സ്വീകരിക്കുന്നത് ഒരു സ്റ്റെപ്പേ ആയിട്ടുള്ളൂ ബാക്കി തൊണ്ണൂറ്റിയൊമ്പത് സ്റ്റെപ്പ് സത്യം ചെയ്യും അല്ലാതെ നമ്മളുടെ സാമർത്ഥ്യം കൊണ്ടല്ല ആ ഒരേ ഒരു ഇഞ്ച് ഉണ്ടല്ലോ ഭഗവാനെ നമ്മൾ സ്വീകരിക്കുക എന്നുള്ള ഇഞ്ച് അത് നമ്മൾ ചലിച്ചാൽ ബാക്കിയുള്ളത് മുഴുവൻ അവർ വരും അതിനാണ് നമ്മൾ കൃപ എന്ന് പറയുന്നത് ഭഗവാന്റെ കൃപ ഭഗവാൻ ഇനി പറയാൻ പോകുന്നു ഏകാദശത്തിൽ ഉദ്ധവ ഈ സംസാര സമുദ്രത്തിനെ കണ്ട് ഭയപ്പെടേണ്ട ഈ ശരീരമാകുന്ന തോണി ഇതിൽ ഗുരുവാകുന്ന കർണധാരൻ തോണി ഓടിക്കുന്ന ആള് കപ്പൽ ഓടിക്കുന്ന ആള് എന്റെ കൃപയാകുന്ന വായു വീശിക്കൊണ്ടേയിരിക്കുന്നു പായക്കപ്പലാണ് നീ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്റെ ശ്രദ്ധയാകുന്ന പായ പൊക്കിക്കെട്ട് അത്രമാത്രം മതി വേറൊന്നും വേണ്ട അതെ ലക്ഷ്യത്തിൽ പോയി എത്തിക്കൊള്ളൂ തടസ്സം ചെയ്യാതെ നിൽക്കൂ സത്യത്തിനെ സത്യസ്ഥിതി അനുഭവത്തിൽ കൊണ്ട് എത്തിക്കുക എന്റയർ ലൈഫ് ഈസ് എ ഫ്ലോ ഓഫ് ഇമാൻസിപ്പേഷൻ അല്ലാതെ നമ്മളുടെ സാമർത്ഥ്യം കൊണ്ട് ഒരു സ്പെഷ്യൽ എന്തോ ഒരു കാര്യം ചെയ്തിട്ട് അടേണ്ടതല്ല ഭഗവാൻ ഭഗവാനെ അടഞ്ഞുകൊണ്ടേ നമ്മൾ ഇരിക്കുന്നു ഭഗവാനെ അനുഭവിച്ചുകൊണ്ടേ ഇരിക്കുന്നു അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു അർത്ഥമേ ഇല്ല നമ്മൾ ആ സത്യത്തിൽ നിന്നും മാറി നിന്നുകൊണ്ട് സത്യത്തിനെ അന്വേഷിക്കല്ല നമ്മൾ സത്യസ്വരൂപിക്കണം സത്യമാണോ ഉള്ളത് ഭഗവാനാണോ ഉള്ളത് ഭഗവാനാണ് നമ്മളുടെ അനുഭവത്തിൽ ഒളിഞ്ഞു കിടക്കുന്നത് നമ്മൾ ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും ചീത്ത വിളിക്കുമ്പോഴും തപോവനസ്വാമികൾ ബദരീഷ സ്തോത്രത്തിൽ പറഞ്ഞു ഞാൻ ദേഹമാണെന്നും കരുതി ലോകം ഉണ്മയാണെന്നും കരുതി രാഗദ്വേഷകരുഷന്മാരായി പരസ്പരം ശണ്ടക്കൂടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യരുടെ രൂപത്തിലുള്ള ബദരീശന നമസ്കാരങ്ങളാണ് അതും ബദരീശ്വരാണെന്നാണ് അതും ആ ഭഗവാനാണ് ആ ഭഗവാൻ ഈ വേഷവിട്ട് അജ്ഞാനികളുടെ വേഷവിട്ടും ഒരു നാടകം നടത്തും അപ്പൊ ഈ സകലതും ഭഗവത് അനുഭവമാണ് പക്ഷെ എപ്പോ ഒരു ജർക്ക് നമ്മളുടെ നേരെ ഉണ്ടാവണമോ അപ്പസത്യം ഗ്രഹിക്കപ്പെടും അപ്പസത്യം ഗ്രഹിക്കുമ്പോ എന്താണ് ജനിക്കുക വളരുക പരിണമിക്കുക ക്ഷയിക്കുക നശിക്കുക എന്നുള്ള പ്രോസസ് അനുസ്യൂതം പ്രകൃതിയിൽ നടന്നുകൊണ്ടേയിരിക്കുന്നു ഈ പ്രകൃതി ഞാനല്ല ഞാൻ സാക്ഷിമാത്രമായ പുരുഷനാണ് പ്രകൃത കിയ ഗുണൈ കർമാണി സർവശ അഹംകാര വിമൂഢാത്മാ കർത്ത അഹം ഇതി മന്യത്തെ മഹാബാഹോ ഗുണകർമ്മ വിഭാഗയോ ഗുണാഗുണേഷു വർത്തേ ഇതിമത്വന സക്ഷത്തെ ബാക്കിയൊക്കെ ശരീരത്തിൽ എന്തൊക്കെയോ നടക്കണം മനസ്സിൽ എന്തൊക്കെയോ നടക്കുന്നു നമ്മളുടെ ജീവബോധത്തിലും എന്തൊക്കെയോ നടക്കുന്നു സ്ഥൂല ശരീരം ജനിക്കുകയും വളരുകയും ക്ഷയിക്കുകയും ചെയ്യുന്നു സൂക്ഷ്മ ശരീരം പതുക്കെ പതുക്കെ പതുക്കെ പെരുത്തു വരുന്നു കാരണശരീരം പെരുത്ത് വന്നത് ഹ്രസിച്ചു പോകുന്നു ഈ മൂന്നും നമുക്ക് അനുഭവമാണ് ഈ സ്ഥൂല ശരീരം നമുക്ക് തന്നെ അറിയാം ജനിച്ചപ്പോ വളരെ കുട്ടിയായിരുന്നു ബേബി പതുക്കെ പതുക്കെ അത് വളർന്നു വലുതായി പുഷ്ടിപ്പെട്ട് ബലം വെച്ച് കുറച്ചു കുറച്ച് കഴിയുമ്പോ ക്ഷയിച്ചു പോയി സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നത് മനസ്സ് ഈ സ്വപ്നം കാണുന്ന ഇൻസ്ട്രുമെന്റ് ഉള്ളിലെ സങ്കല്പം വികൽപ്പം കാമം കോപം ഇതൊക്കെ സൂക്ഷ്മ ശരീരം ഉള്ളിൽ ഉള്ളിൽ നടക്കുന്ന പ്രോസസ് അത് ചെറിയ കുട്ടികൾക്ക് വളരെ കുറച്ചേ ഉള്ളൂ അവർക്കത് വളരണം അതിനു പേരാണ് അവിദ്യ കാരണശരീരം ഒന്നുണ്ട് കാരണ കുട്ടികൾ ചെറിയ കുട്ടികളിൽ കാണാം ഉറങ്ങും ഇരുപത് മണിക്കൂർ ഉറങ്ങും അത് കാരണ ശരീരമാണ് ഇരുപത് മണിക്കൂർ ഉറങ്ങും പതുക്കെ പതുക്കെ പതിനാറ് മണിക്കൂർ ഉറങ്ങും പിന്നെ പതിമൂന്ന് മണിക്കൂർ ഉറങ്ങും പിന്നെ പത്ത് മണിക്കൂർ ഉറങ്ങും വയസ്സാവുമ്പോഴും ഒരു എട്ട് മണിക്കൂറിൽ നിൽക്കും ഒരു വയസ്സാവുമ്പോൾ ഒരു മണിക്കൂർ എട്ട് മണിക്കൂർ അതും കംപ്ലീറ്റ് സ്ലീപ്പായിരിക്കില്ല ഡിസ്റ്റർബ് സ്ലീപ്പ് അതായത് സൂക്ഷ്മ ശരീരവും കാരണ ശരീരവും വരും നല്ല വാർദ്ധക്യത്തിൽ വരുമ്പോ കാര്യമായിട്ട് ഉറക്കമേ ഇല്ല സ്വപ്നം കാണലേ ഉണ്ടാവുള്ളൂ കിടന്ന് ഉറങ്ങാൻ പോയാലും എന്തെങ്കിലും ഇങ്ങനെ വിചാരം വന്നുകൊണ്ടിരിക്കും സ്ലീപ്പ് ഒരു വളരെ അൽപ്പം ഉറക്കത്തിന്റെ അംശം വാസ്തവത്തിൽ ഉറക്കം വരുന്നില്ലല്ലോ എന്ന് വിഷമിക്കേ വേണ്ട വയസ്സ് കാലത്ത് നിയമം തന്നെ അങ്ങനെയാണ് എഴുന്നേറ്റ് ഇരുന്നോളാം വിചാരം ചെയ്തോളാം ജപം ചെയ്തോളാം ചിത്രവൃത്തികൾ വരാതെ നോക്കിക്കൂട ഈ കാരണശരീരം ഹ്രസിച്ച് സൂക്ഷ്മശരീരമായിട്ട് മാറി സ്ഥൂല ശരീരം പതുക്കെ പതുക്കെ ജീർണിച്ചു പോവും ആകെപ്പാടെ നമ്മൾ ജനിച്ചിട്ട് മരിക്കുന്നതിന് മുമ്പ് ഒരേ ഒരു സമ്പാദ്യം ഈ സൂക്ഷ്മ ശരീരമാണ് അത് കുട്ടിയാവുമ്പോ ഇല്ലാത്തത് മരിക്കുന്ന സമയത്ത് വൃദ്ധസ്ഥാവ ചിന്താസക്ത അനേക വിചാരം വികാരം പ്രശ്നങ്ങൾ ഡൗട്ട് അനേക ആളുകളെ പറ്റിയുള്ള ടെൻഷൻ ഇതൊക്കെയായിട്ട് ഇരിക്കും ഈ സൂക്ഷ്മ ശരീരത്തിനെ ശരീരം ഇരിക്കും തന്നെ ഇല്ലാതാക്കുന്നത് പേരാണ് മുക്തി ശാന്തി ഉണ്ടോ സൂക്ഷ്മ ശരീരമില്ല എന്നർത്ഥം ശാന്തി ഉണ്ടോ അവൻ ജീവൻമുക്ത ശാന്തി ഉണ്ടോ അവൻ ഉറക്കം ഉണർന്നിരിക്കുക സ്വപ്നം കാണുക എന്നുള്ള മൂന്നവസ്ഥയ്ക്കും അതീതനായിട്ട് പോയി അപ്പോ ഉണരുക ഉറങ്ങുക സ്വപ്നം കാണുക എന്നുള്ളതൊക്കെ മനസ്സിന്റെ പ്രക്രിയ ജനിക്കുക വളരുക മരിക്കുക ഒക്കെ ശരീരത്തിന്റെ പ്രക്രിയ ഇതൊന്നും ശുദ്ധ ബോധസ്വരൂപമായ എന്നെ സ്പർശിക്കണില്ല ആത്മാവിനെ സ്പർശിക്കണില്ല ഇതൊന്നും ഞാനല്ല എന്നുള്ള തത്വം ചന്ദ്രനിൽ നിന്നും പഠിച്ചു അപ്പ ഗുണി ഗുണാൽ ഉപാദത്തെ യഥാകാലം തിമുഞ്ചതി ുജതേ യുജ്യതേ യോഗി ഗോഭിർഗായവ ഗോപതി ഹി സൂര്യൻ എന്ത് ചെയ്യുന്നു സമുദ്രത്തിൽ നിന്നും വെള്ളമെടുക്കും സൂര്യനിൽ നിന്നും പഠിച്ച പാടും രാവിലെ കറക്റ്റ് സമയത്തിന് ഉദിച്ചു കറക്റ്റ് സമയത്തിന് അസ്തമിച്ചു നിങ്ങൾ അദ്ദേഹത്തിന് സൂര്യനമസ്കാരം ചെയ്ത് സ്വീകരിച്ചാലും അദ്ദേഹത്തിന് ഒന്നുമില്ല തന്നേരത്തെ ഉദിച്ചുവല്ലോ എന്ന് പറഞ്ഞു ചീത്ത വിളിച്ചാലോ ഒന്നുമില്ല അദ്ദേഹത്തിന് ആരോടും ഒരു പറ്റിക്കൂടലുമില്ല സർവത്തിലും സാക്ഷി പ്രകാശദാത ജ്ഞാനികളും അങ്ങനെയാണ് സൂര്യനെ പോലെ എല്ലാവർക്കും പ്രകാശത്തിനെ കൊടുത്തുകൊണ്ട് ജ്ഞാനത്തിനെ കൊടുത്തുകൊണ്ട് ജീവനെ കൊടുത്തുകൊണ്ട് സാക്ഷി മാത്രമായി എന്ത് നല്ലത് നടന്നാൽ ജീവിതം സാക്ഷി മാത്രമായി വെളിച്ചം കൊടുത്തുകൊണ്ട് സൂര്യൻ സമുദ്രത്തിൽ നിന്നും വെള്ളമെടുത്ത് മേഘരൂപത്തിലാക്കി മഴയായിട്ട് കൊടുക്കണം പക്ഷെ ഇതിലൊന്നും സൂര്യന് സംഘമില്ല അതേപോലെ ജ്ഞാനികളും യോഗികളും പുറമേ നിന്നും വിഷയങ്ങളെയൊക്കെ ഉള്ളിലേക്ക് സ്വീകരിക്കുന്നു എതിർച്ചയാ വരുന്നതിനെയൊക്കെ സ്വീകരിക്കുന്നു അത് ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് എന്ത് സംഭവിക്കണമെന്നുള്ളതാണ് വ്യത്യാസം അവിടെ ചെന്നാൽ എല്ലാം ചൈതന്യമാവുന്ന അഗ്നിയിൽ ഹോമിക്കപ്പെടും എന്നിട്ട് ആളുകൾ തത്വോപദേശത്തിനായി ചോദിക്കുമ്പോഴോ എന്തെങ്കിലും വിഷമമായിട്ട് അവരെ സമീപിക്കുമ്പോഴോ യഥാകാലം വിമുനിച്ചത് വേണ്ട അവർക്ക് അതിലുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനുള്ള ജാനമായിട്ട് ഉപദേശിക്കുന്നു ഇങ്ങനെ സൂര്യനിൽ നിന്നും പഠിച്ചു ബുദ്ധ്യത സ്വേന ഭേദേന വ്യക്തിസ്ഥ ഇവ തദ്ഗത ലക്ഷ്യതേ സ്ഥൂലമതിഭി ആകാശത്തിൽ സൂര്യൻ ഭൂമിയിൽ ഒരു പത്തു കുടത്തിൽ വെള്ളം വെച്ചാൽ ഓരോ കുടത്തിലും സൂര്യൻ പ്രതിബിംബിച്ച് കാണും ഒരു കുടത്തിലെ വെള്ളം പച്ച സൂര്യൻ പച്ച തോന്നും ഒരു കുടത്തിലെ വെള്ളം ചുവന്ന സൂര്യൻ ചുവന്ന തോന്നും പക്ഷെ യഥാർത്ഥ സൂര്യന് വല്ല ഭേദമൊന്നുണ്ടോ അതേപോലെ ഒരേ ബ്രഹ്മം ഒരേ ഈശ്വരൻ അനേക ശരീരങ്ങളിൽ പ്രവേശിച്ചിരിക്കും പ്രതിബിംബം മാത്രമാണ് ോ ശരീരവും ഓരോ കുടം ഒരു ശരീരത്തിൽ ഞാൻ പഠിച്ചിട്ടുള്ള ആളാണ് എന്ന് തോന്നുന്നു അതിലും ഒരു പ്രതിബിംബം ഒരു ശരീരത്തിൽ എനിക്കൊന്നും അറിയുന്നില്ലല്ലോ എന്നുള്ള അജ്ഞാനത്തിന്റെ വെള്ളം അതിലും ഈ പ്രതിബിംബം ഒരു ശരീരത്തിൽ ഞാൻ വെളുത്ത ആളാണെന്ന് വിചാരിക്കുന്നു അതിലും ഈ പ്രതിബിംബം പക്ഷേ ഈ ശരീരം ഈ കുടം തല്ലിപ്പൊട്ടിച്ചാലോ ഈ വെള്ളം ഒഴുക്കിക്കളഞ്ഞാലോ സൂര്യൻ എന്തെങ്കിലും വിധത്തിൽ ബാധിക്കപ്പെടുവോ ഒരേ വസ്തു അനേക ശരീരങ്ങളിൽ ഇരിക്കുന്നു ഒരു ശരീരവുമായി അതിന് സമ്പർക്കവുമില്ല ചണ്ടാളൻ ശങ്കരാചാര്യസ്വാമികളുടെ മുമ്പിൽ വന്നപ്പോഴും ഈ കാര്യമാണ് പറഞ്ഞത് ചണ്ടാളനായി ശിവൻ ശങ്കരന്റെ മുമ്പിൽ വന്നപ്പോ വഴിമാറിപ്പോകൂ എന്ന് പറഞ്ഞപ്പോ ആ ചണ്ടാളൻ പറഞ്ഞത് ഇതാണ് കിം ഗംഗാമ്പുനി ബിംബിതേംബരവണവും ചണ്ടാളവാപീപയ പുരേച അന്തരമസ്തി കാഞ്ചനഘടീ മൃത്പോർവാംബരേം പ്രത്യഗ്വസ്തുനിതരംഗ സഹജാനന്ദ അവബോധാബുതൗ വിപ്രോയം ശവജോയത്യ മഹാൻ കോയം വിഭേദഭ്രമ ഓരോ കുടത്തിലും ഒരു ചണ്ടാളന്റെ കുളത്തിലും വെള്ളമുണ്ട് ഗംഗാതീർത്ഥത്തിലും സൂര്യപ്രതിബിംബമുണ്ട് ചണ്ടാളന്റെ കുളത്തിൽ സൂര്യപ്രതിബിംബമുണ്ട് ചളി പിടിച്ച സൂര്യപ്രതിബിംബമുണ്ട് പ്രതിബിംബം ഇതിലുള്ള ചളി കൊണ്ടോ അശുദ്ധി കൊണ്ടോ നല്ലതുകൊണ്ടോ ചീത്ത കൊണ്ടോ ബാധിക്കപ്പെടുന്നില്ല സൂര്യനെ കാണുന്ന ആള് ജ്ഞാനിയാണ് പ്രതിബിംബത്തിനെ കാണുന്ന ആള് അജ്ഞാനിയാണ് പ്രതിബിംബത്തിനെ കാണുന്ന ആൾക്ക് എല്ലാ ഭേദവും ഉണ്ടാവും സൂര്യനെ കാണുന്ന ആള് കുടത്തിനെയും നോക്കണില്ല വെള്ളത്തിനെയും നോക്കണില്ല സൂര്യനെയും നോക്കുന്നു അതിലുള്ള പ്രതിബിംബത്തിനെയും നോക്കണില്ല അതായത് ശരീരത്തിനെയും നോക്കണില്ല മനസ്സിനെയും നോക്കണില്ല അതിനുള്ള കൊച്ചു അഹന്തയും നോക്കണില്ല അതിനു പുറകിലുള്ള നിത്യശുദ്ധമായ വസ്തുവിനെ മാത്രം നോക്കൂ തപോവനസ്വാമി വിവേക ചൂടാമണിയിൽ ഈ ശ്ലോകത്തിനെ ദേഹം ജലം തദ്ഗതം അർക്കബിംബം വിഹായ സർവം വിനിരീക്ഷദേഹി അർക്കഹ എന്നുള്ള ശ്ലോകത്തിനെ പറഞ്ഞിട്ട് അദ്ദേഹം ഒരിടത്ത് പറഞ്ഞിട്ടുണ്ട് ഈ ശ്ലോകമാണ് അദ്ദേഹത്തിന് ആത്മസാക്ഷാത്കാരത്തിന് വളരെയധികം സഹായം ചെയ്തതാണ് ത്രിപുടി നീങ്ങി തത്വം തെളിയാൻ വളരെയധികം സഹായകരമായിരുന്നു ഈ ഒരു ശ്ലോകം ദേഹം ജലം തദ്ഗതം അർക്കബിംബം വിഹായ ശരീരവും ഘടം ജലം തദ്ഗതം അർക്കബിംബം കുടവും അതിലുള്ള വെള്ളവും അതിൽ പ്രതിബിംബിച്ചിരിക്കുന്ന സൂര്യബിംബത്തിനെയും വിട്ട് സൂര്യനെ നോക്കണോ അറിവുള്ളവർ അതുപോലെ ശരീരം അതിനകത്തുള്ള മനസ്സ് അതിന് പ്രതിബിംബിച്ചിരിക്കും അല്ലെങ്കിൽ നമ്മളുടെ അറ്റൻഷൻ എവിടെ ഒന്നിൽ ശരീരത്തിനെയെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും അല്ലെങ്കിൽ മനസ്സിനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും അല്ലെങ്കിൽ ഈഗോവിന്റെ മൂവ്മെന്റ്സിനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും ലോകത്തിൽ ഇതിനെയൊക്കെ ആശ്രയിച്ചുകൊണ്ടുള്ള റിലീജിയസ് പ്രാക്ടീസസ് ഉണ്ട് ശരീരത്തിനെ ആശ്രയിച്ചുകൊണ്ടുള്ള റിലീജിയസ് പ്രാക്ടീസസ് ഉണ്ട് മനസ്സിനെ ആശ്രയിച്ചുകൊണ്ടുള്ള റിലീജിയസ് പ്രാക്ടീസസ് ഉണ്ട് ഈഗോവിനെ ആശ്രയിച്ചുകൊണ്ടുള്ള റിലീജിയസ് പ്രാക്ടീസസ് ഉണ്ട് പക്ഷെ ഇതൊക്കെ തന്നെ ലിമിറ്റഡാണ് ഇതൊക്കെ അവിദ്യാവ വിഷയങ്ങളാണ് അതായത് ഇതൊക്കെ വ്യവഹാരത്തിനും ഉതവും വ്യവഹാരത്തിനും ഇതൊക്കെ സഹായമാണ് പക്ഷെ പരമാർത്ഥ നിശ്ചയത്തിന് വരുമ്പോ ഇത് തന്നെ ചിലപ്പോ ഒരു തടസ്സമായിട്ട് നിൽക്കും എന്താന്ന് വെച്ചാൽ ശരീരം മനസ്സ് അഹങ്കാരം ഇതൊക്കെ പ്രകൃതിയുടെ വസ്തുക്കളാണ് ഇതിനോടുള്ള പിടി വിടുന്നതിന് പേരാണ് ആത്മസാക്ഷാത്കാരം ഇതിനോടുള്ള ഇതിൽ ഏതിനെങ്കിലും ഒന്നിന് പിടിച്ചു നിൽക്കുന്നിടത്തോളം നമുക്ക് സാക്ഷാത്കാരം ഉണ്ടാവില്ല പക്ഷെ വ്യവഹാരത്തിന് ഇതൊക്കെ വേണം ശരീരം അതിനകത്ത് ചിത്തം അതിനകത്ത് പ്രതിബിംബിക്കുന്ന അഹന്ത ദേഹം ഗടം ജലം തദ്ഗതം അർക്കബിംബം ഇത് മൂന്നിലും പച്ചിക്കൂടി നിൽക്കുമ്പോ സൂര്യനെ കാണില്ല സൂര്യനെ നോക്കുമ്പോ ഇത് മൂന്നും ഇഗ്നോർഡ് അപ്പൊ ശരീരം ഞാനല്ല മനസ്സ് ഞാനല്ല അഹങ്കാരം ഞാനല്ല മനോബുദ്ധി അഹങ്കാര ചിത്താണിനാഹം രച ശ്രോത്രജിഹ്വേ നഘ്രാണനേത്രേ രചവ്യോമഭൂമി നേജോരവാ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദമയമായി ശുദ്ധപ്രജ്ഞയാണ് ഞാൻ എന്നുള്ള അനുഭവത്തിനെ സൂര്യനെ വെച്ചുകൊണ്ട് ഞാൻ പഠിച്ചു സൂര്യനെ ആത്മാവാണെന്ന് അറിഞ്ഞ് അസാവാദിക്യോ ബ്രഹ്മ എന്നുള്ള ദൃഢ അനുഭവത്തിൽ നിന്നുകൊണ്ട് ഈ ശരീരമനോബുദ്ധി അഹങ്കാരങ്ങളിൽ നിന്നും അപ്പുറം ചങ്ങും അടുത്തത് രാജൻ ി ഞാൻ ഇന്ദ്രിയങ്ങളുടെയും ശരീരത്തിന്റെയും തലത്തിലേക്ക് അറിഞ്ഞു തരാം ഇത്രയും നേരം ആത്മാവിന്റെ തലത്തിൽ നിന്ന് ആ യോഗി പറയുന്നു രാജാവേ ഇനി വ്യവഹാരമായ ചില തത്വങ്ങളൊക്കെ പറഞ്ഞു തരാം ഒരേ സമയം ഭൂമിയിൽ വേരൊറച്ച് ആകാശത്തിൽ പറക്കുക എന്നാലേ കാര്യം ശരിയാവുള്ളൂ എന്നാണ് ഭൂമിയിൽ വേരൊറയ്ക്കാനുള്ള കാര്യം പറയുകയാണിപ്പോ എന്താന്ന് വെച്ചാൽ അങ്ങക്ക് വ്യവഹാരത്തിലെ ചില കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം അതിസ്നേഹ പ്രസംഗോ വർത്തവ്യാ ക്വാപി കെന ചിറ്റ് രാജാവേ ആരോടും കൂടുതൽ സ്നേഹം വെച്ച് പറ്റിക്കൂടരുത് സംഘം വെക്കരുത് വലുതായി ആരോടും ഒട്ടിപ്പിടിക്കരുത് അങ്ങനെ ചെയ്താൽ എന്ത് സംഭവിക്കും കുറുവൻ വിന്ദേ സന്താപം കപോതൈവീനധീ അങ്ങനെ ചെയ്താൽ വലിയ വിഷമം ഉണ്ടായിത്തീരും ആരെ പോലെ ഞാൻ കണ്ട ഒരു പ്രാവിനെ പോലെ നീ പ്രാവിന്റെ കഥ പറയാൻ പോാൻ കണ്ട ഒരു പ്രാവിനെ പോലെ അങ്ങയ്ക്ക് ചിലപ്പോ അത്യധികം വിഷമം ഉണ്ടായിത്തീരും ഒന്നിനോടും പച്ചിക്കൂടരുത് രാജാവേ എല്ലാരോടും സമബുദ്ധി പരിശീലിച്ചു കൊള്ളുക സ്നേഹം ഉണ്ടാവട്ടെ പക്ഷെ സ്നേഹം വാസനയായിട്ടോ സംസ്കാരമോ ആയിട്ടോ മാറാതിരിക്കാൻ ശ്രമിച്ചു കൊള്ളുക നമുക്ക് സാധാരണ അത് വളരെ വിഷമം ഒരാളോട് പ്രിയം ഏർപ്പെട്ടു കഴിഞ്ഞാൽ അവരെ മനസ്സിൽ പൊക്കിക്കൊണ്ടേ നടക്കും വഹിച്ചുകൊണ്ടേ നടക്കും അവരെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് അവര് നഷ്ടപ്പെട്ടു പോയാൽ നമ്മളുടെ ജീവിതമേ താഴുമാറാവൂ വാൽമീകി രാമായണത്തിൽ ശ്രീരാമനും ഭരതനും വളരെ പ്രിയമാണ് രാമൻ കാട്ടിലേക്ക് ചെന്നു ഭരതന് സഹിക്കവയ്യാത്ത ദുഃഖത്തോടുകൂടെ പുറകെ ചെന്ന് എന്നിട്ട് ഭരതൻ പറയുന്നു ഏട്ടനെ പിരിഞ്ഞ് എനിക്ക് ജീവിക്കാൻ പറ്റില്ല അവിടുന്ന് എന്റെ ജ്യേഷ്ഠനാണ് തിരിച്ചു വരണം എന്നൊക്കെ പറഞ്ഞപ്പോ ഭഗവാൻ പറഞ്ഞു ഭരത ആര് ഏട്ടൻ ആരനുജൻ ഇതാ നോക്കൂ അവിടെ നോക്കൂ മന്താക്കി നദി നന്ദാഗ്നി നദിയിലേക്ക് ഭരതൻ നോക്കി നന്ദാഗിനി നദിയിൽ ഒഴുക്ക് വെള്ളം ഒഴുകി വരുന്നു രണ്ട് മരത്തിന്റെ ഉണങ്ങിയ കൊമ്പുകൾ ഈ വെള്ളത്തിൽ വീണിട്ടുണ്ട് ആ രണ്ട് കൊമ്പുകളും കൂടി പിണഞ്ഞ് വലിയ ചെങ്ങാതിമാരായിട്ട് വെള്ളത്തിൽ ഒഴുകി വരികയാണ് ഫ്രണ്ട്സായിട്ട് ഒഴുകി വരികയാണ് അത് കാണിച്ചു കൊടുത്തുകൊണ്ട് ഭഗവാൻ ഭരതനോട് പറഞ്ഞു തനിക്കറിയാവോ ഇതിൽ ഒരു കൊമ്പ് ഏതോ സ്ലാവിന്റെ വേറെ ഒരു കൊമ്പ് ഏതോ കാട്ടുതേക്കിന്റെയാണ് ഈ കാട്ടുതേക്കിന്റെ കൊമ്പ് ഒരു മരത്തിൽ നിന്നും പൊട്ടി വീണിരിക്കുന്നു പ്ലാവിന്റെ കൊമ്പ് ഒരു നിന്നും പൊട്ടി വീണിരിക്കുന്നു ഒരു ഇവ രണ്ടും എവിടെയോ വിദൂരത്തിലിരിക്കുന്നതായിരുന്നിരിക്കാം ഒരിടത്തുള്ള ഒരു തേക്കിന്റെ കൊമ്പും വേറെ എവിടെയോ ഒരിടത്തുള്ള പ്ലാവിന്റെ കൊമ്പും കൂടെ നദിയിൽ ഒഴുകി വന്ന് ഒരിടത്ത് കണ്ടുമുട്ടിയതാണ് കണ്ടുമുട്ടിയിട്ട് വലിയ കൂട്ടുകാരായിട്ട് രണ്ടും ആ വെള്ളത്തിൽ ഒഴുകി വരുന്നു നടുവിൽ ബലമായിട്ടൊരു ഒഴുക്ക് വന്ന് ഇനിയിപ്പൊ ഇതിനെ രണ്ടിനെയും പിരിച്ചു കിണങ്ങാൽ രണ്ടും രണ്ടു വഴിക്ക് പോകും പിന്നെ കാണുകയേ ഇല്ല ഇതുപോലെയാണ് തനിക്കും എനിക്കും തമ്മിലുള്ള ബന്ധം യഥാ കാഷ്ടം കാഷ്ടം സമേയാതാം മഹാർണവേ സമത്യ വെബേയാതാം കാലം ആസാധ്യ കഞ്ചന ഇപ്പൊ നോക്ക ബന്ധം കുറച്ചു കാലം മുമ്പ് ഇവരെയൊന്നും അറിയുകയ്യേയില്ല പെട്ടെന്ന് പരിചയം വന്നു അപാരമായ ഒരു അടുപ്പം കാണും അതുപോലെ ട്രെയിനിൽ കണ്ടിട്ട് ഇപ്പോഴൊക്കെ ട്രെയിൻ ആളുകൾ പരസ്പരം പേടിക്കാൻ തുടങ്ങി എന്താന്ന് വെച്ചാൽ അനൗൺസ്മെന്റാണ് അടുത്തിരിക്കുന്നവരെ സൂക്ഷിക്കണം തിന്നാൻ തന്നാ കഴിക്കരുത് വെള്ളം വാങ്ങി കുടിക്കരുതൊക്കെ ഉള്ളതുകൊണ്ട് പേര് അല്ലെങ്കിൽ മുമ്പൊക്കെ ഈ ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ ഒറ്റ കുടുംബം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് ആഹാരം കൊടുക്കുക വർത്തമാനം പറയുക അഡ്രസ് എഴുതി വാങ്ങിക്കും ഫോൺ നമ്പർ വാങ്ങിക്കും പിന്നെ പിരിഞ്ഞു പോകുമ്പോ കരയും അത് കഴിഞ്ഞാൽ പോയി കഴിഞ്ഞാൽ പിന്നെ അറിയേയില്ല എവിടെ നിന്ന് അറിയാം ട്രെയിനിലുള്ള റിലേഷൻഷിപ്പ് അതുപോലെ ലോകത്തിൽ പരസ്പരം പലവിധ ബന്ധം എവിടുന്ന് വന്നു ഒന്നും അറിയില്ല ഒരാൾ പറയും ഈ കുട്ടിയെ ഇട്ടിട്ട് പാടുമല്ലോ ആരാരോ ആരി എന്ന് പാടുമല്ലോ അദ്ദേഹം പറഞ്ഞാൽ അതിന് അർത്ഥം ഇതാണത്ര ആരാരോ നീ ആരോ ഞാനാരോ എവിടുന്ന് വന്നു നീ ഒന്നും അറിയില്ല ആരാരോ അറിയിടാരോ ോ എന്താ കുറച്ചു ദിവസം മുമ്പ് അറിയില്ല എവിടേക്കാ ഇനി ഒന്നും അറിയില്ല പെട്ടെന്ന് ആവർഭവിക്കണം ഒരു സാധനം അല്ലേ ഈ കുട്ടികൾ ജനിക്കാന്നുള്ളത് എത്ര വലിയ ആശ്ചര്യ അറിയോ നമ്മളൊക്കെ കുട്ടികളായിരുന്നു നമ്മൾ അച്ഛൻ മുത്തച്ഛൻ ചെറുപ്പകാലത്ത് നമ്മളെ കണ്ടിട്ടുള്ളവർ ഇപ്പൊ നമ്മളെ കണ്ട ആശ്ചര്യപ്പെടണം നമ്മൾ നമ്മളുടെ മുമ്പിൽ കാണുന്ന കുട്ടികളെ ഒക്കെ നോക്കിയാൽ കുറച്ചു ദിവസം മുമ്പ് ഉണ്ടായിരുന്ന ചിലപ്പോ വരുന്നു തലൈൻ ചോദിഞ്ഞ് ഇരിക്കും മുമ്പിലെ കുറച്ചു നേരം ഇരിക്കും അവിടെ ഇവിടെ കുറുമ്പ് കാണിക്കും കുറച്ച് അവര് വലിയ ആളുകളാവും കിം ഇന്ദ്രജാല പവരം ഇന്ദ്രജാല പ്രകടനം വലുതുകൊണ്ടാണ് മാജിക് ഷോ എന്നിട്ട് അതിലൊക്കെ പറ്റിക്കൂടി അത്യധികം വിഷമങ്ങൾ ഉണ്ടായി അതും അധികമായിട്ട് ഈ പ്രസംഗം സംഘമുണ്ടല്ലോ വൺ അമ്മയ്ക്ക് മക്കളോട് അച്ഛന് മക്കളോട് മക്കൾക്ക് അവര് തമ്മില് ഭാര്യ ഭർത്താവ് അത് കഴിഞ്ഞാൽ അവർക്കൊരു കുട്ടി ഉണ്ടായാൽ അവരുടെ കുട്ടിയോട് ആ കുട്ടി ഇവരെവിടും ഓരോ ജനറേഷൻ കഴിയുമ്പോഴും പൂർവ സംഘത്യാഗം ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ അത് നേച്ചറാണ് ഈ ആത്മ ബന്ധത്തിന് വിട്ടുകൊണ്ടേയിരിക്കും തള്ളിക്കൊണ്ടേയിരിക്കും പക്ഷെ ഈ അച്ഛനും അമ്മയുണ്ടല്ലോ എന്റെ മക്കള് എന്റെ കുട്ടികൾ അവിടെ നിന്നുകൊണ്ടിരിക്കും ഒട്ടിക്കൊണ്ടിരിക്കും അതിൽ നിന്നും ഇവർക്ക് വിഷമം ഉണ്ടാവും അതാണ് മരിക്കുന്ന സമയത്ത് ദഹിതാ മമ ദുഹിതാ മമ ജനനീ മമ മരുഭൂമിയിൽ കാണുന്ന വെള്ളം പോലെ താനൽ നീരുപോലെ ഇല്ലാതെ കാണപ്പെടുന്ന വസ്തുക്കളിൽ വെള്ളമുണ്ടെന്ന് കരുതി വെള്ളം കുടിക്കാൻ ഓടുന്ന പോലെ എന്റെ കുട്ടികൾ എന്റെ ബന്ധം എന്റെ സ്വത്ത് അതെ ഇതെന്ന് മരിക്കണ കിടത്ത് ആർക്കെങ്കിലും വല്ല പ്രയോജനമുണ്ടോ മരിക്കുന്ന സമയത്ത് ഭഗവത് ചെയ്താൽ നിങ്ങൾക്കും പ്രയോജനമുണ്ട് കുട്ടികൾക്കും നല്ലത് അല്ലെങ്കിൽ മരിക്കുന്ന സമയത്ത് കുട്ടികളെ എന്തിനെ ചിന്തിച്ചുകൊണ്ട് മരിക്കുന്നുവോ അടുത്ത ജന്മം അതാണ് ഇത് പറഞ്ഞു തന്നപ്പോ പറഞ്ഞു സ്വാമി ഈ ടെക്നിക്ക് പറഞ്ഞു തന്നത് നന്നായി എനിക്ക് ഈ വീട്ടിൽ തന്നെ ഒന്ന് ജനിക്കണം അപ്പൊ പറഞ്ഞു തന്നുവല്ലോ ഈ ടെക്നിക്ക് പറഞ്ഞു തന്നത് എനിക്ക് ഞാൻ ഇനി മുതൽ പേരക്കുട്ടിയേ ചിന്തിച്ചുകൊള്ളൂ എന്തായാലും എനിക്ക് വീട് വിട്ടു പോവാൻ മനസ്സില്ല വയസ്സ് ഇങ്ങനെ ഒരു ടെക്നിക്ക് കിട്ടിയല്ലോ ഗീത പഠിച്ചിട്ട് വലിയൊരു ഗുണം ഉണ്ടായി അപ്പൊ ഞാൻ പറഞ്ഞു അമ്മ കാര്യമൊക്കെ ശരി പക്ഷേ ഇതിലൊരു കുഴപ്പമുണ്ട് എന്താ കുഴപ്പം എന്ന് വെച്ചാൽ പഴയ കാലത്തൊക്കെ ആവുമ്പോ പത്ത് കുട്ടികള് പന്ത്രണ്ട് കുട്ടികളൊക്കെ ഉണ്ടാവും അപ്പൊ അമ്മയ്ക്ക് ചാൻസ് കിട്ടിയെന്ന് വരാം ഇപ്പൊ എത്ര പേര് ആ ക്യൂവിൽ ഇവിടെ ജനിക്കാനുണ്ട് അറിയില്ല ഇപ്പൊക്ക് പ്രസവിക്കണത് വാഴ കൊലയ്ക്കണ പോലെ ഒരേ ഓരോന്ന് കഴിഞ്ഞ കഴിഞ്ഞു പിന്നൊന്നും ഇല്ല അപ്പൊ പിന്നെ നീ എവിടെ വന്ന് ജനിക്കും അപ്പോ ആ വീട്ടിലെ എലിയായിട്ടോ പെരിച്ചാഴിയായിട്ടോ എന്നിട്ട് ആ പേരക്കുട്ടി തന്നെ കൂട് വെച്ച് പിടിക്കും ഒരു ആലോചിച്ച് നോക്കാം ഈ പെരിച്ചാഴിക്ക് ഇത് പേരക്കുട്ടിയാണെന്ന് അറിയുമെങ്കിൽ എത്ര വിഷമമുണ്ടാവും പെരിച്ചാഴി വിചാരിക്കുന്നു ഇത് പേരക്കുട്ടി എന്ന് പറഞ്ഞിട്ട് വരണം പേരക്കുട്ടി പെരിച്ചാഴി എന്ന് വിചാരിക്കുന്നു ആ പെരിച്ചാഴിയെ കൂട്ടിൽ പിടിച്ചിട്ടിട്ട് വെള്ളത്തിൽ മുക്കി പൊക്കി മുക്കി പൊക്കി മുക്കി പൊക്കി ഈ മുത്തശ്ശന്റെ സ്ഥിതി എന്തായിരിക്കും അങ്ങനെ ഒരു ഗതികേടം നമുക്ക് വരണമെന്നാണ് അപ്പോ ഇങ്ങനെയാണ് അപ്പൊ വേണ്ട അപ്പൊ മുത്തേശി പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ വേണ്ട ചട്ടമ്പി സ്വാമി എനിക്ക് പറഞ്ഞത്രേ ചട്ടമ്പി സ്വാമി ഒരു വീട്ടില് കൃഷിക്കാരന്റെ വീട്ടില് നിൽക്കുമ്പോ ഒരാള് കാളയെ മുഖത്തില് പൂട്ടിയിട്ട് കാളയെ ഉഴുത് പാടത്തിൽ ഉഴുകാണ് അപ്പൊ ഈ കാളയെ അടിക്കുന്നു അപ്പൊ ചട്ടമ്പി സ്വാമി അടുത്ത് നിൽക്കുന്ന ആളോട് പറഞ്ഞു അവനാരെയാ അടിക്കണത് അറിയൂ അമ്മാവനെയാണ് ഏറ്റവും പെടയ്ക്കണവ അമ്മാവനെയാണ് ഇട്ട് പഠിക്കണ എന്താന്ന് വെച്ചാൽ നമ്മളുടെ അടുത്ത് വരുന്ന സകല മൃഗങ്ങൾ ജീവികളൊക്കെ ഏതോ പൂർവബന്ധവും കൊണ്ട് വരുന്നവരാണ് നമ്മൾ അറിയുന്നില്ല അത്രയും ഏതോ പൂർവബന്ധവും കൊണ്ട് ഏതോ വിധത്തിൽ നമ്മൾ നമ്മളുടെ അടുത്ത് സംഘം നമ്മളുടെയും സ്ഥിതി അതുപോലെ തന്നെ സംഘം വെച്ചുകൊണ്ടിരുന്നാൽ ഇതേപോലെ ഈ തമിഴില് പ്രഭാഷണം ചെയ്യുന്ന ഒരു കൃപാനന്ദ വാര്യരുണ്ടായിരുന്നു അദ്ദേഹം പറയും ധാരാളം പുണ്യം ചെയ്താൽ എന്ത് ചെയ്യും എത്ര എങ്ങനെ അടുത്ത ജന്മം എന്ന് വെച്ചാൽ അവർക്ക് ഇനിയും സുഖിക്കണം എന്നുണ്ട് അപ്പൊ നല്ല സുഖമായിട്ടിരിക്കാനുള്ള പുണ്യം ചെയ്ത ആൾ അമേരിക്കയിൽ പോയിട്ട് ഫാമറേണി എന്ന നായ ആയിട്ട് ജനിക്കും എത്ര എന്താന്ന് വെച്ചാൽ അവിടെ ഏറ്റവും സുഖമായിരിക്കുന്നത് നായാണ് അത് കാറിൽ വെച്ചുകൊണ്ട് അത് ഇടയിൽ ഇങ്ങനെ ആളുകളൊക്കെ കുട്ടികൾ പരസ്പരം ലാളിക്കുകയും കാറിൽ വെച്ചുകൊണ്ട് പോവുകയും ഒക്കെ ചെയ്യും മക്കളെയൊക്കെ കുട്ടികളെയും അപ്പൊ മക്കളൊക്കെ പുണ്യം നല്ല പരമകാഷ്ടയിലാണെങ്കിൽ മക്കളായിട്ടൊന്നും ജനിച്ചാൽ ശരിയാവില്ല അവർക്കൊക്കെ ബുദ്ധിമുട്ടിണ്ടിരുന്നു പക്ഷെ നായായിട്ടൊക്കെ ജനിച്ചാൽ അവിടെ അത് വളരെ രാജകീയമായിട്ട് വെച്ച് കഥ ഈ പുണ്യത്തിന്റെയും പാപത്തിന്റെയും ഒക്കെ ആഫ്റ്റർ എഫക്ട് ആലോചിച്ചാൽ തന്നെ ജനയതി ഭയം നേ വിമർശന ശസ്ത്രഹരി പറഞ്ഞു പുണ്യത്തിന്റെ ആസ്ട്രിത സെക്ടറിനെ എനിക്ക് പേടി തോന്നുന്നു ഒന്നാണ് സ്വർഗഗ്രാമ നിവാസ സ്വർഗഗ്രാമ കുട്ടീനിവാസഫലതം സ്വർഗഗ്രാമത്തിൽ ഹൗസിംഗ് കോളനിയിൽ പോയിട്ടുള്ള താമസം അതാലോചിക്കുമ്പോഴും എനിക്ക് പേടി തോന്നുന്നു ഒന്നാണ് എല്ലാത്തിനും മൂല കാരണം എന്താ അത്യധികമുള്ള രാഗം ദ്വേഷം ഇവിടെ പറഞ്ഞു രാജൻ ധികം ആരോടും ഒട്ടിപ്പോരും ഒട്ടുമ്പോ എണ്ണ തയ്ച്ചിട്ട് ഒട്ടിക്കൊള്ളാം ചക്കം മുഴിക്കണ പോലെ എന്താ എണ്ണ തയ്ച്ചിട്ട് ഒട്ടൽ ജ്ഞാനത്തോടുകൂടെ ജ്ഞാനത്തോടുകൂടെ ഒട്ടുമ്പോ സ്നേഹം ഉണ്ടാവുകയും ചെയ്യും പക്ഷെ ആ സ്നേഹത്തിൽ ആസക്തിയുടെ അംശം ഉണ്ടാവുക സ്നേഹമല്ല കുഴപ്പം സ്നേഹത്തിന്റെ ഫലമായിട്ട് ഉള്ളിൽ ചെന്ന് പറ്റിക്കൊടുന്നതാണോ കുഴപ്പം ജ്ഞാനികൾക്കൊക്കെ സ്നേഹം ഉണ്ടായിരുന്നില്ലേ ഭക്തന്മാർക്കൊക്കെ സ്നേഹം ഉണ്ടായിരുന്നില്ല അവരെ പോലെ സ്നേഹിക്കാൻ ആർക്ക് കഴിയും അവരെ പോലെ ലോകത്തിനെ മുഴുവൻ സ്നേഹിക്കാൻ ആർ പക്ഷെ അതിൽ ഫലേച്ചയില്ലാത്തതുകൊണ്ടും എന്തെങ്കിലും തിരിച്ചു കിട്ടണമെന്നുള്ള ആഗ്രഹമില്ലാതെ അഹൈതുകമായിട്ടുള്ള സ്നേഹമായിരിക്കുമ്പോ ആ സ്നേഹത്തിൽ വാസന ഉണ്ടാവണില്ല സംസ്കാരം ഉണ്ടാവണില്ല ഉള്ളില് അതിന് ആസക്തി എന്ന് പേരില്ല അവർക്ക് ഭഗവാൻ മാത്രമാണ് ഉന്മ എന്നുള്ള നല്ല നിശ്ചയമുള്ളവര് ലോകത്തിനെ മുഴുവൻ ഭഗവത് സ്വരൂപമായി കണ്ട് സ്നേഹിക്കും അങ്ങനെ അല്ലാതാവുമ്പോ ഈ പ്രാവിനെ പോലെയായിട്ട് തീരും പ്രാവിനെന്തു പറ്റി അവതൂതൻ പറഞ്ഞു നമ്മളുടെയൊക്കെ കഥയാണേ പക്ഷെ നമ്മളുടെ പേരൊന്നും പറയേണ്ട എന്ന് പറഞ്ഞത് പ്രാവ് എന്ന് പറയാം ഒരിക്കൽ ഞാൻ ഇങ്ങനെ നടക്കുമ്പോ ഒരു കുറച്ചു ദിവസം ഒരു കാട്ടിൽ താമസിച്ചു ആ കാട്ടിൽ ഒരു മരത്തിന്റെ കൊമ്പില് ഒരു പ്രാവ് കൂടുകെട്ടിയിരുന്നു ആ പ്രാവും ആൺപക്ഷി പെൺപക്ഷി ഒരു മിഥുനം അത് രണ്ടുപേരും വളരെ പ്രിയമായിട്ട് ജീവിച്ചു അത് ഞാൻ കണ്ടു നോക്കണം ഒക്കെ സിമ്പോളിക്കാണ് അദ്ദേഹം ആരെയോ ഒരു പുരുഷനെയും സ്ത്രീയും കണ്ടതിനെ പ്രാവായിട്ട് പറയുകയാണ് കപോത കർഷനാരണ്യം കൃതനീഡോ വനസ്പതൗ കപോത്യാ ഭാര്യയാ സാർദ്ധം ഉവാസ കഥജിത് സമാഹ കുറെ കാലം അവർ വളരെ സ്നേഹമായിട്ടു അവരെങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയാണ് കപോതൗ സ്നേഹ ഗുണിതഹൃദയവും ഗൃഹധർമ്മിണവും സ്നേഹം കൊണ്ട് പരസ്പരം പണിഞ്ഞ് ഗൃഹസ്ഥാശ്രമത്തിൽ എല്ലാം എന്തൊക്കെ ചെയ്യണോ അതൊക്കെ ചെയ്ത് ദൃഷ്ടിം ദൃഷ്ട്യ അംഗം അങ്കേന ബുദ്ധിം ബുദ്ധ്യാ ബബന്ത അവരങ്ങൾ പരസ്പരം നോക്കിയാൽ കണ്ണു കണ്ണിലേക്ക് പോവും ശരീരം ശരീരത്തിലേക്ക് പോകും ഒരാളുടെ ബുദ്ധി മറ്റൊരാളുടെ ബുദ്ധിയുമായിട്ട് ഐക്യവാം അത്ര കണ്ട് പ്രിയമായിട്ട് തീർന്നു ശയ്യാസന അടനസ്ഥാന വാർത്താക്രീഡാസനാധികം മിഥുനീഭൂയ വിശ്രബ്ദൗ ചേരതുഹൂ വനരാജു കാടുകളിൽ അവർ ഉറങ്ങുന്നതും സഞ്ചരിക്കുന്നതും വർത്തമാനം പറയുന്നതും കളിക്കുന്നതും കുളിക്കുന്നതും സകല കാര്യങ്ങളും ഒന്നിട്ട് ചെയ്താണ് പ്രിയമായിട്ട് ചെയ്ത ഈ കപോതി എന്തെന്താഗ്രഹിച്ചോ അതൊക്കെ തന്നെ ആ പ്രാവ് കൊണ്ടുവന്നു കൊടുക്കുമെന്നാണ് എം എം വാഞ്ചതി സാ രാജന് തർപ്പയന്തി അനുകമ്പിത തം തം സമനയന്ന് കാമം കൃത്രിണ അപി അതിവേന്ദ്രിയ ഇന്ദ്രിയജയമില്ലാത്തവനായ ഈ കപോതം ഈ സ്ത്രീ ആഗ്രഹിച്ചത് എന്ത് തന്നെ കൊണ്ടു കൊടുക്കും എന്താഗ്രഹിച്ചാലും കൊണ്ടു കൊടുക്കും എന്ത് വേണമെങ്കിലും കൊണ്ടു കൊടുക്കും അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോ ഈ പ്രാവ് ഗർഭിണിയായി ഗർഭം ധരിച്ചു കുറെ മുട്ടകൾ മുട്ടകളൊക്കെ സമയമായപ്പോ കൊച്ചു കൊച്ചു കുട്ടികൾ മുമ്പില് പ്രാവ് വന്നു പ്രാവിന്റെ കുഞ്ഞുങ്ങൾ വന്നു അതൊക്കെ വളരെ സ്നേഹത്തോടുകൂടെ പോഷിപ്പിച്ച് പുറത്തു കൊണ്ടുപോയി എര കൊണ്ടുവന്ന് ഇതിന്റെ വായിൽ കൊണ്ടുവന്ന് കൊടുക്കും അതൊക്കെ പക്ഷികളെ പക്ഷികൾ വളർന്നതൊക്കെ കാണണം അവർ കൂടുവെക്കുന്നത് ചില പക്ഷികളൊക്കെ വീട്ടിനകത്ത് തന്നെ കൂടുവെക്കും എത്രയധികം അവർ ജാഗ്രതയോടും അത് സുന്ദരമായിട്ട് ചെയ്യും ആദ്യം എന്ത് എവിടുന്നെങ്കിലും രണ്ട് തേങ്ങയുടെ ചകിരി ചകിരിയോ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് എവിടെയെങ്കിലുമൊക്കെ എടുത്ത് വെച്ചിട്ട് ഒരു ടെസ്റ്റ് നടത്തും നമ്മൾ എന്തെങ്കിലും ചെയ്യണുണ്ടോ എന്ന് ഒന്നും ചെയ്യുന്നില്ല എന്ന് ഉറപ്പ് കണ്ടാൽ പതുക്കെ മറ്റൊന്ന് കൊണ്ടുവന്ന് വയ്ക്കും എന്നിട്ട് കൂട് കെട്ടിയിട്ട് രണ്ടു മൂന്ന് ദിവസം നല്ലവണ്ണം വാച്ച് ചെയ്യും എന്നിട്ടാണ് അവർ മുട്ടയിടാതിൽ വീട്ടിലൊക്കെ മുട്ടയിടുമ്പോ ചിലപ്പോ വീട്ടിലൊക്കെ കുരുവി കുടുവെ കുടുവെച്ച് കഴിഞ്ഞാൽ പിന്നെ കാവലാണ് അവിടെ ഒന്നിൽ പുരുഷ അല്ലെങ്കിൽ പെൺപക്ഷി ആ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നവരെ റെസ്പോൺസിബിലിറ്റി അവരുടെ അങ്ങനെ ഈ കൂട് വളർന്ന് ഈ മുട്ട വിരിഞ്ഞ് കുട്ടികളുണ്ടായി ഒരിക്കൽ ഈ കുട്ടികൾക്ക് ഏറെ അന്വേഷിച്ച് ഈ രണ്ടു പ്രാവുകളും പോയി അപ്പോ ഒരു വേട അവിടെ വനവിരിച്ചു വലവിരിച്ച് ഈ കുഞ്ഞുങ്ങളെയൊക്കെ പിടിച്ചു ഈ പ്രാവിന്റെ കുട്ടികളെ പിടിച്ചു കുറച്ചു നേരെ ഈ പ്രാവുക്കുട്ടികൾ അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ പുരുഷപക്ഷി അവിടെ വന്നു പെൺപക്ഷിയും വന്നു രണ്ടും അയ്യോ ഞങ്ങളുടെ കുട്ടികൾ ഞങ്ങളുടെ ജീവനായിട്ടുള്ള ഈ കുട്ടികൾ വലയിൽ കുടുങ്ങിയല്ലോ എന്ന് പറഞ്ഞ് ആ പെൺപക്ഷി വലയിൽ ചെന്ന് ചാടി ആൺപക്ഷി നോക്കിക്കൊണ്ടിരുന്നു ആൺപക്ഷിയും അത് കണ്ട് അഹോമേ പശ്യത്ത് അപായം അൽപ്പപുണ്യത്തെ ദുർമദേഹെ അതൃപ്തത്തെ അതൃതാപ്ത ഗൃഹസ്ഥൈർവർഗികോ അഥ എന്റെ അനുരൂപയും എനിക്ക് അനുകൂലയുമായ എന്റെ ഭാര്യ ഈ കാലചക്രത്തിൽ വീണ് ഞാൻ എന്തിന് ജീവിക്കണം എന്ന് പറഞ്ഞ് ഇയാളും ചെന്ന് വലയിൽ ചാടി ഈ ആൺപക്ഷി അവസാനം എന്തായി ആ പക്ഷി കുടുംബം മുഴുവൻ വലയുടെ ഈ വേടൻ വലയും പൊക്കിക്കൊണ്ടുപോകും വല തുറന്നുവിടാമെന്ന് വിചാരിച്ച അവതൂതനെ അടുത്ത് ഈ വേടൻ വലയെടുത്ത് തോളിലിട്ട് അവതൂതനെ ഒന്ന് കണ്ണുരുട്ടി നോക്കിയിട്ട് പോയി അപ്പൊ ഈ അവതൂതൻ ഈ വേടൻ ആരാണെന്ന് എനിക്ക് മനസ്സിലായുന്നതാണ് ആരാണ് ഈ വേടൻ എന്ന് വെച്ചാൽ കാലപുരുഷൻ കാലപുരുഷനാണ് ഈ വേടൻ ഈ ആൺപക്ഷി പെൺപക്ഷി ആരാ കുടുംബത്തിൽ കുടുംബജീവിതമേ സുഖം ഇത് തന്നെ എന്ന് ധരിച്ചിരിക്കുന്നവൻ ഏവം കുടുംബി അശാന്താത്മാ ദ്വന്ദ്മ പദത്രിവത്ത് പുഷ്ണൻ കുടുംബം കൃപണ സാനുബന്ധോ അവസീതീ വൺ ഹു ടേക്സ് ഡിലൈഡ് ഇൻ ദ അതർ സെക്കൻഡ് അതാണ് ദ്വന്ദ്വാറാമ തന്നിൽ തന്നെ രമിക്കുന്നവൻ ആത്മാറാമൻ ദ്വന്ദ്വം എന്താ രണ്ടാമത്തോ രണ്ടാമതൊരു വസ്തു ഉണ്ട് എന്നുള്ള ഭ്രമം കൊണ്ട് നമ്മളുടെ ആനന്ദത്തിന് പുറത്ത് ആരെങ്കിലും ഒരു ഭാര്യയോ ഭർത്താവിനെയോ സമ്പത്തിനെയോ വീടിനെയോ ശ്രയിക്കുന്നവനാണ് ദ്വന്ദ്വാറാമൻ ആ ന്ദ്വാരാമന്റെ കാര്യം മഹാകഷ്ടമാണ് എന്താന്ന് വെച്ചാൽ അശാന്താത്മ അയാൾക്ക് ശാന്തി ഉണ്ടാവില്ല എന്താ ഈ ആശ്രയിക്കുന്ന വസ്തു വിട്ടുപോയാൽ ഇയാളും കൂടെ പോകും ഈ പക്ഷി പോലെ തന്നെ കുടുംബത്തിനെ തന്നെ ചിന്തിച്ചുകൊണ്ട് ചാനുകന്ധോ അവസിക്കരുത് അതാണ് പലർക്കും എത്ര വയസ്സായാലും അവർക്ക് കുടുംബം വിട്ടിട്ട് ഭഗവാനെ ഭജിക്കുക എന്നുള്ളത് നടക്കണില്ലേ ഇവിടെ കുടുംബം വിടുക എന്ന് വെച്ചാൽ കുടുംബത്തിന് ഉപേക്ഷിക്കണം എന്നല്ല ഭഗവത് ഭജനത്തിന് പ്രാമുഖ്യം കൊടുക്കണം അതിന് സമയം കിട്ടണമില്ല എന്താ ഇത് തന്നെ ഇങ്ങനെ പോയിപ്പോ സാനുബന്ധോ വിനശ്യത്തി യപ്രാപ്യമാരുഷം ലോകം മുക്തിദ്വാരം അപാവൃതം ഗൃഹേഷു ഖഗവത്സക്താത്തം ആരൂഢച്യുതം വിദു ഇവിടെ പറഞ്ഞു ഈ മനുഷ്യ ശരീരം കിട്ടിയിട്ട് ഈ പക്ഷി കൂടിനോട് കുട്ടികളോട് അറ്റാച്ച്ഡ് ആയ പോലെ വീടെ ഗതി എന്ന് പറഞ്ഞ ആരിരിക്കുന്നുവോ അവനെ മനുഷ്യ ശരീരം വരെ ഉയർന്നു വന്നിട്ട് വീണവനായി കണക്കി കണക്കാക്കിക്കൊള്ളണം ആരൂടെ ചുതം വിദുഹൂ വരെ വന്നു അത് വളരെ അപൂർവം എന്നിട്ട് അവിടുന്ന് ചുവട്ടിലേക്കുള്ള പതണം എന്താ പതനം പ്രയോജനപ്പെടുത്തിയില്ല മനുഷ്യ പ്രയോജനം എന്താ ഭഗവത് ആത്മസാക്ഷാത്കാരം ഭഗവത് അനുഭവം അതിന് ഈ ശരീരം പ്രയോജനപ്പെട്ടിട്ടില്ലെങ്കിൽ ഇതെന്തിനു കൊള്ളും ഈ കണ്ട് തടിക്ക് ആത്മവിചാരണം ചെയ്തുകൊള്ളണം ആത്മധ്യാനം ചെയ്തുകൊള്ളണം ആത്മാനുഭവത്തിനെ നേടിക്കൊള്ളണം ഇവിടെ ബാക്കിയുള്ള ബന്ധങ്ങളൊക്കെ തന്നെ കള്ളമാണ് തൽക്കാലത്തേക്കുള്ള അധിക സംഗമ പാന്ധസംഗമ വഴിയിലുള്ള ആളുകളുമായിട്ടുള്ള സമ്പർക്കം പോലെ പലരുമായിട്ട് നമുക്ക് സമ്പർക്കം വരും ഇവരൊക്കെ തൽക്കാലത്തേക്കുള്ള സമ്പർക്കം മാത്രം ഇത് സത്യം നമ്മള് അല്പം വിചാരിച്ചാൽ അറിയാം എല്ലാം വിട്ടുപോകാൻ പോകും വിട്ടുപോകുന്നതുമായി ഒട്ടിപ്പിടിച്ചാൽ നമ്മളും വിട്ടുപോകും അതുകൊണ്ട് വിട്ടുപോവാത്ത വസ്തുവുമായി പറ്റി എന്നുള്ള തത്വം ഈ പ്രാവിനെ കണ്ടുപിടിച്ചു എന്നാണ് ഈ പ്രാവിൽ നിന്നും ആ തത്വം ഗ്രഹിച്ചു യപ്രാപ്യ മാനുഷം ലോകം അപ്പോ ഇത് കഴിഞ്ഞ അപ്പോ യവദൂതൻ തീരുമാനിച്ചു യാതൊന്നിലും കൊടുങ്ങരുത് യാതൊരു ബന്ധത്തിലും കൊടുങ്ങരുത് എല്ലാം ലോകത്തിൽ ഇരിക്കട്ടെ ഒന്നും എന്റെ പറ്റിക്കൂടാതിരിക്കട്ടെ എന്ന് തീരുമാനിച്ച് അവിടുന്ന് അങ്ങനെ നടക്കണം അപ്പൊ ഞാൻ ആഹാരം കഴിക്കാൻ എന്ത് ചെയ്യും എന്തായാലും ഒന്നണം ശരീരമുള്ളത്തോളം ആഹാരം വേണം എന്തെങ്കിലും നമുക്ക് കഴിക്കണം അങ്ങനെ ഇരിക്കുമ്പോഴത് അവിടെ ഒരാള് വായും പൊളിച്ച് കിടക്കണം മലമ്പാമ്പ് അയാള് യാതൊന്നിനും പ്രവർത്തിക്കുന്നില്ല അജകരം എന്ന് പേര് അപ്പൊ ഈ അവതൂതൻ വിചാരിച്ചിടോ മടിയ കുഴു തനിക്ക് എവിടുന്ന് ചാപ്പാട് കിട്ടും പണിയെടുത്തിട്ടില്ലെങ്കിൽ വല്ലതും കിട്ടുമോ എന്ന് വിചാരിച്ചിരിക്കുമ്പോ ഈ അജകരത്തിന്റെ വായിലേക്ക് ഒരു മൊയൽ വന്ന് ചാടിക്കും ഭർത്തൃഹരി പറയണോ ഈശ്വരന്റെ യോഗക്ഷേമ ശക്തിയെ പരീക്ഷിക്കാനായിട്ട് ഒരാൾ ഒരു പാമ്പിനെ പിടിച്ച് പെട്ടിയുടെ ഉള്ളിലാക്കിയത്ര എന്നിട്ട് പെട്ടി അടച്ചു രണ്ടു ദിവസം കഴിഞ്ഞപ്പോ ഒരു എലി ആ പെട്ടിക്ക് ദ്വാരം ഉണ്ടാക്കി ഉള്ളിൽ പോയി ആ പാമ്പ് ആ എലി എത്തുന്നിട്ട് ആ ദ്വാരത്തിലോട് വന്നു അതായത് ജീവിക്കണം എന്നുണ്ടെങ്കിൽ ആഹാരം കഴിക്കാതിരിക്കാൻ പറ്റില്ല വേറെ ഒരാൾ നല്ല രസമായിട്ടൊരു കഥ പറഞ്ഞു ഒരാൾ തീരുമാനിച്ചു അങ്ങനെ നോക്കണ്ട ഞാൻ ആഹാരം കഴിക്കില്ല എന്ന് തീരുമാനിച്ചു എന്നിട്ട് വീട്ടിലൊക്കെ ഇരുന്ന ആളുകൾ നിർബന്ധിച്ച് കയറ്റം ഉള്ളിലേക്ക് അതുകൊണ്ട് ഇയാള് തീരുമാനിച്ചു കാട്ടിൽ ചെന്ന് ഒരു മരത്തിന്റെ മേലെ കയറിയിരുന്നു ഞാൻ ആഹാരം കഴിക്കില്ല എന്ത് കഴിക്കില്ല മരിച്ച് വീഴാൻ ഭക്ഷണി കിടന്ന് മരിക്കാൻ തീരുമാനിച്ചു മരത്തിന്റെ മുള്ളിരുന്നു കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഒരു കല്യാണ പാർട്ടി ആ വഴിക്ക് വന്നു അവര് കാട്ടിലൂടെ പോകുന്നു ഈ മരത്തിന്റെ ചുവട്ടിൽ അവര് ക്യാമ്പ് എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളും ഒക്കെ എടുത്ത് വിരിച്ചു വെച്ചു അപ്പൊ ഇല്ല എവിടുന്നോ കള്ളന്മാര് വരണ ശബ്ദം കിട്ടും കൊള്ളക്കാരൻ അപ്പൊ ഇവര് വേഗം ഈ ആഹാര പദാർത്ഥങ്ങളൊക്കെ അവിടെ ഇട്ടിട്ട് ഇവർ അവിടെ ഓടി ഈ കല്യാണ പാർട്ടി ഈ കള്ളന്മാര് വന്ന് നോക്കിയോ അവരൊക്കെ പോയി പോയി നല്ല ആഹാരമുണ്ട് സുഖമായിട്ട് അത് കഴിക്കാം എന്ന് പറഞ്ഞു ഒരു കള്ളൻ മറ്റൊരു കള്ളൻ പറഞ്ഞോടൂ ചിലപ്പോ രാജാവിന്റെ ആളുകളായിരിക്കും നമ്മളെ പിടിക്കാനായിട്ട് വിഷം വെച്ച ഭക്ഷണമായിരിക്കും എങ്ങനെ അറിയാം അത് ആരെ കൊണ്ടെങ്കിലും ഒക്കെ തീറ്റിക്കണം അതാ മുകളിലൊരു വിദ്വാനിരിക്കണം ഇറങ്ങി മാടോ ഇറങ്ങി ചോട്ടിൽ ഇറങ്ങി മാടോ അയാളെ പിടിച്ചിരുത്തി വായിയിലിട്ടിട്ട് കുന്തം കൊണ്ട് കുത്തുകയാണ് ഉള്ളിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും ക്യൂബ് വെച്ച് ഫുഡ് കയറ്റുള്ളേ ചിലർക്കൊക്കെ അപ്പോ പ്രാരബ്ധം അനുസരിച്ച് നമുക്ക് ആഹാരം കഴിക്കണം എന്നുണ്ടെങ്കിൽ ആഹാരം എവിടുന്നെങ്കിലും വന്നു നോക്കൂ എന്ന് ഈ അജകരത്തിന് മലമ്പാമ്പിന് അറിയാം അതൊന്നും കാര്യമായി മെനക്കെടാതെ അവിടെ ഇരിക്കുന്നു ഇത് കണ്ടപ്പോ അചകര വൃത്തി എന്നുള്ളത് ഒന്ന് പഠിച്ചു അത്രയും അവധൂതൻ സന്യാസികൾക്കുള്ളതാണ് കേട്ടോ ഗൃഹസ്ഥന്മാർ നാളെ തൊട്ട് ഇന്ന് പ്രഭാഷണത്തിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ നാളെ തൊട്ട് സന്യാസി അത് കാണിയ ചകരവൃത്തി സുഖം ഇന്ദ്രിയം രാജ സ്വർഗേ നരകേഹി യഥാ ദുഃഖം തസ്മാേതദ്ധ്രിയസുഖങ്ങള് സ്വർഗത്തിലും നരകത്തിലും ഒക്കെ ഒരേപോലെ എല്ലാവർക്കും വരുന്നു സ്വർഗേ നരകേവ അതിനുവേണ്ടി പ്രയത്നിക്കേണ്ട ആവശ്യമൊന്നുമില്ല വന്ന് നിൽക്കുന്ന സുഖം ഐന്ദ്രിയം രാജന് സ്വർഗെ നരക ഏവറ്റ നരകത്തിന് പോലും കിട്ടും അത്രയും പോലും ടെലിവിഷൻ സെറ്റൊക്കെ ഉണ്ടാവും മേടിക്കേണ്ടാവും അതിന് ദേഹിനാം യഥാ ദുഃഖം ദുഃഖവും അതുപോലെ തന്നെ ദുഃഖവും ഇവൻ ചോദിക്കാതെ തന്നെ പുണ്യപാപങ്ങളുടെ ആഫ്റ്റർ എഫക്ട് ആയിട്ട് സുഖം ദുഃഖം അതാത് സമയത്തിൽ വന്നുകൊണ്ടിരിക്കും ജനിച്ചത് മുതൽ തുടങ്ങും അതാണ് ഗ്രഹനില എന്ന് പറയുന്നത് ഓരോ സമയത്തിനനുസരിച്ച് ഏഴര ശനി തുടങ്ങിയാൽ അത് ആ സമയത്തിലാവുമ്പോൾ വന്നുകൊണ്ടിരിക്കും ചോദിക്കാതെ തന്നെ വരും ജ്യോതിഷൻ ഏഴര ശനിയാണോ അതാണ് എന്താണോ എന്തെങ്കിലുമൊക്കെ പറയും ആ സമയമാകുമ്പോൾ അതൊക്കെ വരും അപ്പൊ അതിനുവേണ്ടി കാര്യമായിട്ട് സുഖദുഃഖങ്ങൾക്ക് വേണ്ടി യത്നം ചെയ്യാതെ ഗ്രാസം സുമൃഷ്ടം വിരസം മഹാന്തം സ്തോകമേവത് ആഹാരം ഭക്ഷണം നന്നായിട്ടുണ്ടെങ്കിലും നന്നായിട്ടില്ലെങ്കിലും അല്പമാണെങ്കിലും ധാരാളമാണെങ്കിലും എതിർച്ചയാ ആപതിതം എതിർച്ചയാ എന്ത് കിട്ടുന്നുവോ ഗ്രസേത് ആഗകരോ ഈ മലമ്പാമ്പ് കഴിക്കണ പോലെ എതിർച്ചയാ എന്തെങ്കിലുമൊക്കെ വരുന്നോ ശരി കഴിച്ചോളാം എതിർച്ചയാപതിതം ഗ്രസേദാജകരോ അക്രിയ എതിർച്ചാലാപസന്തുഷ്ട ഭക്ഷണത്തിന്റെ കാര്യത്തിൽ അജകരത്തിനെ ഗുരുവായി സ്വീകരിച്ചു എന്താന്ന് വെച്ചാൽ ഇദ്ദേഹം പോയിട്ട് എനിക്ക് ഇന്ന ഫുഡ് തന്നാലേ ഞാൻ കഴിക്കുള്ളൂ എന്ന് പറയാൻ പറ്റുമോ അവധൂതനാണേ അദ്ദേഹം ഇങ്ങനെ സഞ്ചരിക്കുകയാണ് എവിടെന്നെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കിട്ടും കിട്ടുന്നത് വശക്കുന്ന സമയത്ത് വയറ്റിലേക്ക് ഇടും അത്ര തന്നെ ശൈതാഹാനുഭൂതീനി നിരാഹാരോ അനുപക്രമ എന്നതിന ഉപനമേത് ഗ്രാസോ മഹാഹിരിവ ദിഷ്ടബുക്ക് ഇയാളൊന്നും ഭക്ഷിക്കാതെ കിടക്കും ഭക്ഷണം കിട്ടിയിട്ടില്ലെങ്കിലും അവിടെ അങ്ങനെ കിടക്കും ഭക്ഷണം വരുന്നവരെ പക്ഷെ ഇയാൾ ഒന്ന് ഭക്ഷിക്കണം ഭക്ഷണം ഇല്ലാതെ ഇരുന്നാലും ഇയാൾ ഒന്ന് ഭക്ഷിക്കണം ദിഷ്ടബുക്ക് എന്താ ഭക്ഷിക്കണമെന്ന് ഇയാളുടെ പ്രാരംഭത്തിനെ ഭക്ഷിച്ചു തൂർക്കും ഈ ശരീരം തന്നെ പ്രാരംഭമാണ് ശരീരം തന്നെ പ്രാരംഭത്തിന്റെ ആഫ്റ്റർ എഫക്ട് ആണ് അത് ജീവിക്കേണ്ടിടത്തോളം ജീവിക്കും അതുവരെ അതിന് ഭക്ഷണം കിട്ടും അതിന്റെ പ്രാരബ്ധം കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കണം എന്ന് പറ്റില്ല പ്രാരബ്ദ ഭക്ഷണം കഴിക്കാനാണ് അരി മുടിയ എന്ന് പറയും കാലത്തൊക്കെ പറയും ഒരുപാട് തിന്നണ്ട അരി പോകും എന്ന് പറയും എന്ന് എത്ര അരി തിന്നണമെന്ന് കളവുണ്ട് അത്ര അത് കഴിഞ്ഞാൽ കഴിഞ്ഞു എന്നാണ് എന്നുവെച്ചാൽ ആ പ്രാരബ്ദം കഴിഞ്ഞാൽ ഇവൻ വിചാരിച്ചാൽ പോലും കുഞ്ചുസ്വാമി പറയും സ്വാമിക്ക് മുറുക്കൊക്കെ കൊണ്ടുവന്ന് കൊടുത്താ പറയും യാതൊന്നും വേണ്ട എല്ലാം ഭക്ഷിച്ചു കഴിഞ്ഞു പറയും എല്ലാം ഭക്ഷിച്ചു കഴിഞ്ഞു എല്ലാ ശാപ്താക്ഷി ഏതുവേ വേണ്ട എന്താ സ്വാമി എല്ലാം ശാപ്താക്ഷി ഉണ്ട എന്താ എല്ലാം കഴിച്ചു എന്ന് എന്താ എല്ലാം മുറുക്കൊക്കെ തിന്നണം എന്നൊക്കെ കഴിഞ്ഞു ആ പ്രാരബ്ധൊക്കെ കഴിഞ്ഞു ഇനി മുറുക്കൊന്നും വേണ്ട മുറുക്ക് തിന്നാണ് പ്രാരബ്ദം ഒക്കെ കഴിഞ്ഞു എന്താ സ്വാമി വായു പല്ലില്ല ആ പ്രാരബ്ധം കഴിഞ്ഞ് പല്ല വായനൊക്കെ പോയില്ല ഇനിയൊന്നും തിന്നാനൊന്നുമില്ല ഒക്കെ പോയിട്ട് പ്രാബ്ദിഷ്ട ഇപ്പൊ എന്താ നീ പ്രാരബ്ദത്തിനെ ഭജിച്ചിട്ട് തീർക്കുകയാണ് അതുവരെ ഈ ശരീരം നിൽക്കും അത് പിന്നെ ശരീരം പോകും യതിനോപനമേത് ഗ്രാസോ മഹാഹിരിവ ദിഷ്ടഭുക് ഓജസഹോ ബലയുതം വിബ്രദ്ദേഹം അകർമ്മകം മുനി പ്രസന്ന ഗംഭീരോ ദുർവിഗാഹ്യോ ദുരഹ ഒരിടത്ത് കിടക്കും എങ്ങനെ കിടക്കുന്നു എന്ന് വെച്ചാൽ ഓജസ്സഹോ ബലയുതം വിബ്രദ്ദേഹം അകർമ്മകം ഈ ശരീരം ഒരു കർമ്മം ചെയ്യുന്നില്ല സ്വാമി രാമതീർത്ഥൻ വല്യ ജ്ഞാനിയായിരുന്നു അദ്ദേഹം അപതൂതനായി കുറച്ചു കാലം ഋഷികേസിന്ന് കുറച്ച് മുകളിലായിട്ട് താമസിച്ചു പിന്നീട് അദ്ദേഹത്തിന് അമേരിക്കയിലേക്കൊക്കെ അയച്ചു അമേരിക്കയിൽ പോയിട്ടും അദ്ദേഹം വിവേകാനന്ദന്റെ കാലഘട്ടത്തിലാണ് പക്ഷെ അദ്ദേഹം പ്രസംഗമൊന്നും ചെയ്തില്ല ഒരു നദീതീരത്തിൽ എങ്ങനെ പാറക്കല്ലിൽ കിടക്കും ഒന്നും പണിയൊന്നും ചെയ്യില്ല ഓന്നും പറഞ്ഞുകൊണ്ട് കിടക്കും അപ്പൊ ഒരു അവിടുത്തെ ഒരാള് ചെന്ന് ചോദിക്കും സ്വാമി എന്തെങ്ങനെ ഒന്നും ചെയ്യാതെ ഇരിക്കുന്നത് ലോകത്തിൽ പോയിട്ട് കൺ യു ഡൂ സംതിങ് ഗുഡ് ഫോർ ദ വേൾഡ് വൈ ആർ യു ഇമ്പോർട്ടിംഗ് ഏഷ്യാറ്റിക് ലേറ്റിനെസ് ടു അമേരിക്ക അതാണ് ചോദിച്ചത് അപ്പൊ സ്വാമിയുടെ ഒരു ലെക്ചറുണ്ട് അതിൽ അദ്ദേഹം പറയും വൈ ഷുഡ് രാമാ ഗോവൻ ഡൂ ഗുഡ് ടു ദ വേൾഡ് ഈ ഫിറ്റ് നോട്ട് ദാറ്റ് ബിസിനസ് ആൾറെഡി ഓവർ ക്രൗഡഡ് ഡൂയിങ് ഗുഡ് ബിസിനസ് ലോകത്തിൽ അത് ചെയ്യാം നല്ലത് ചെയ്യാം അത് ചെയ്യോട്ട് ടു ക്രൗഡഡ് എന്നാണ് ഇനി എനിക്കവിടെ സ്ഥലവും ലോകത്തിൽ വൈ ഡോണ്ട് യു ഷോ പിറ്റി ടു ദ വേൾഡ് എന്ന് ചോദിക്കുകയാണ് അപ്പോ ഷോയിങ് പിറ്റി ഷോ പിറ്റി ടു യുവേഴ്സൽ തന്നോട് തന്നെ സഹതാപം കാണിക്കുക ആദ്യം തന്റെ ഉള്ളിലുള്ള വസ്തുവിനറിയാതെ ലോകത്തിൽ പോയി എന്ത് ചെയ്യാനാ ഇവിടെ എന്ത് നേടിയെടുക്കാനോ യാതൊന്നും ചെയ്യാതെ അക്രിയ ഒരു കർമ്മത്തിലും പെടുന്നില്ല ധർമ്മം ശരീരം വഹിച്ചുകൊണ്ടിരിക്കുന്നു ആ ശരീരമോ അകർമ്മകം ഒരു കർമ്മവും ചെയ്തു തീർക്കാനില്ല അതിന് എന്നാലോ ഓജസ്തഹോ ബലയുധം നല്ല തേജസ്വിയായിട്ടിരിക്കുന്നു വീര്യത്തോടെ ഇരിക്കുന്നു ബലത്തോടെ ഇരിക്കുന്നു ശരീരം ശയാനോ കിടക്കുകയാണ് എന്നാ ഉറങ്ങാണോ വീതനിദ്രന്റ് അലേർട്ട് അലേർട്ട്നസ് വിത്തൗട്ട് ദ മൂവ്മെന്റ് ഓഫ് മൈൻഡ് അതാണ് യോഗം മനസ്സ് ചലിക്കണില്ല എന്നാൽ ഉറക്കമാണോ അല്ല അലോട്ട് അളവിച്ചില്ല ജാഗ്രത അതാണ് യോഗസ്ഥിതി ആ യോഗസ്ഥിതിയിലിരിക്കുന്ന ഉറങ്ങൊന്നുമില്ല തലയ്ക്ക് കൈവെച്ച് കിടക്കുന്നുണ്ട് ഇന്ദ്രിയങ്ങളൊക്കെ ബലമായിട്ടുണ്ട് എന്നാലും ഒന്നും പ്രവർത്തിക്കാനൊന്നും പോണില്ല ആ സ്ഥിതിയിലിരിക്കുന്ന അവസൂത സ്ഥിതിയെ വാഴ്ചയാണ് മുനി പ്രസന്ന ഇങ്ങനെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ പ്രസന്ന ഗംഭീര രമണ മഹർഷിയെ കണ്ടപ്പോ നാരായണ ഗുരുസ്വാമികൾ എഴുതി ഇത്യാദി വാദോപരതം മഹാന്തം പ്രശാന്ത ഗംഭീര നിജസ്വഭാവം ശോണാകലെ ശ്രീരമണം നിരീക്ഷ്യ ത്രോവാച നാരായണ സംയമീന്ദ്ര എന്നാണ് പ്രശാന്ത ഗംഭീര നിജസ്വഭാവം എന്നാണ് നാരായണ ഗുരുസ്വാമി എഴുതിയത് എങ്ങനെ എന്ന് വെച്ചാൽ പ്രശാന്തമാണ് ഗാംഭീര്യം എന്താണ് നല്ല ആഴമുള്ളതുകൊണ്ട് അകമയ്ക്ക് ജ്ഞാനത്തിന്റെ ഗാംഭീര്യം സ്വരൂപ സ്വഭാവനായിട്ടിരിക്കുകയാണ് സ്വരൂപനിഷ്ഠ ദുർവികാഹ്യോ ആഴമടക്കാൻ വയ്യാത്ത അത്ര ആഴമുള്ളവൻ ദുരത്യ അടുക്ക് അടുത്തുപോയി സഹരമായ ലൗകിക വിഷയങ്ങളും കൊണ്ട് അടുക്കാൻ പറ്റില്ല അദ്ദേഹത്തിനടുത്ത് ദുർവിഗാഹ്യോ ദുരത്യ അനന്തപാരോ അദ്ദേഹത്തിന് എത്രയധികം നീളം ബൗണ്ടറി കണ്ടുപിടിക്കാൻ പറ്റില്ല ബൗണ്ടറി ല ീമം അക്ഷോഭ്യ എന്തൊക്കെ തന്നെ നടന്നാലും ചലിക്കില്ല അക്ഷോഭിക്കുന്നില്ല ആരെ പോലെ എന്ന് വെച്ചാൽ സമുദ്രം പോലെ സ്ഥിതോദൈവ അർണവഹ സമുദ്രം കരയോട് അടുത്തിരിക്കുമ്പോൾ അലയടിക്കും സമുദ്രത്തിന്റെ നടുക്ക് നോക്കിയാൽ അലേല നിശ്ചലം എന്താന്ന് വെച്ചാൽ അത്രയധികം ആഴം ഉള്ളിലുണ്ട് ഒരു എവറസ്റ്റ് പർവ്വതം ഉള്ളിൽ എവറസ്റ്റിനേക്കാളും ഉയരമുള്ള പർവ്വതങ്ങളൊക്കെ സമുദ്രത്തിന്റെ ഉള്ളിലുണ്ട് അപ്പൊ എത്ര ആഴം അത്രയധികം ആഴമുള്ള സമുദ്രം അക്ഷോഭ്യമായി നിശ്ചലമായി അലയില്ലാതെ നിൽക്കുന്ന പോലെ മുനിയും നിശ്ചലമായിരിക്കുന്നു സമൃദ്ധകാമോ ഹീനോവ നാരായണപരോ മുനി നോത്സർപ്പേത് ശുഷ്യേത ധനമോ പ്രസിദ്ധിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വന്ന് അയാൾക്ക് പ്രാരബ്ധമനുസരിച്ച് മേലെ വന്ന് അല്ല ഇയാളുടെ കയ്യിൽ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ പുറമേക്ക് പോയാലും ചലിക്കുന്നില്ല എങ്ങനെയെന്ന് വെച്ചാൽ എത്ര നദികൾ വന്ന് സമുദ്രത്തിൽ വന്ന് ഒഴിഞ്ഞാലും സമുദ്രം കവിഞ്ഞൊഴുകുന്നുമില്ല എത്ര കൊടും വേനലിന് ചൂടുണ്ടായാലും സമുദ്രം അതേപോലെ മുനിയും ന ഉത്സർപ്പേത ന ശുഷ്യേത സരിദ്ധിഹി ഇവ സാദരഹ എന്ന് പറഞ്ഞ് സമുദ്രത്തിനെ പറഞ്ഞു ഇനി അഞ്ച് ഇന്ദ്രിയങ്ങൾ അഞ്ച് ഇന്ദ്രിയങ്ങളെ അഞ്ച് പ്രാണികളെ വെച്ചുകൊണ്ട് പറയാണ് അത് നമ്മുടെ നാണക്കാണ് ശബ്ദാതിപി പഞ്ചവിരേവ പഞ്ച പഞ്ചത്വമാപുസ്വഗുണേന ബദ്ധാ കുരങ്ക് മാതങ്ക് പതങ്ക് മീന് ഭൃങ്ക നരസ് പഞ്ചവിൻ അഞ്ചിതയ്ക്കും വിവേകിച്ചൂടാമണിയിൽ ഇത് അഞ്ചും പറയുന്നുണ്ട് കുരങ്കം മാതംഗം തതംഗം മീനും അതായത് മാന് ആന വണ്ട് ഇങ്ങനെ അഞ്ച് ഉദാഹരണങ്ങൾ അഞ്ച് ഇന്ദ്രിയ സ്ഥാനങ്ങളിലേക്കും ഉദാഹരണമായി പറഞ്ഞുകൊണ്ട് അവരിൽ നിന്നൊക്കെ പഠിച്ച പാഠത്തിനെ നാളെ പറയാൻ പോകുന്നു നമ്മൾ നാളെ വൈകിട്ട് കാണാം നാളെ രാവിലെ അതുപോലെ ഏഴുമണി മുതൽ എട്ട് മണിവരെ വാസിഷ്ടം നാളത്തോടുകൂടെ രാവിലത്തെ പ്രഭാഷണവും നാളെ വൈകുന്നേരത്തോടുകൂടെ വൈകുന്നേരത്തെ ഭാഗവത പ്രഭാഷണവും ഇവിടെ പൂർത്തിയാകും നാളെ രാവിലെ ഇന്ന് ഉണ്ടായിരുന്ന പോലെ തന്നെ എട്ട് മണി മുതൽ ഒമ്പത് മണിവരെ സ്വാമിജിയുടെ പ്രഭാഷണം യോഗം എങ്ങനെ നമ്മളെ ആധ്യാത്മികമായിട്ട് സഹായിക്കും ആധ്യാത്മികമായ അനുഭൂതിക്ക് യോഗം എങ്ങനെ സഹായിക്കും എന്നുള്ളത് സ്വാമിജി ഇന്ന് ആരംഭിച്ചു ആ ടോപ്പിക്ക് അത് നാളെ വിൽ കണ്ടിന്യൂ ാളെ വൈകുന്നേരത്തോടുകൂടെ ഈ വർഷത്തെ ഈ ഏഴ് ദിവസത്തെ ഈ സാന്നപ്താഹ പ്രഭാഷണം താളപ്പൂർ സർവത്ര ഗോവിന്ദനാമസീർത്തനം ഗോവിന്ദ